ദൈവത്തിന് സ്തുതിയത്മീയപിതാക്കന്മാർക്കും ആദരണീയരായ സഹോദര സഹോദരികൾക്കും ദൈവത്തിന്റെ അത്ഭുത കൃപയാൽ ഈ അഞ്ച് ദിവസം മനോഹരമായി കൺവെൻഷൻ നടക്കാൻ കർത്താവ് അനുഗ്രഹങ്ങൾ നടപടിയായി നോക്ക് തന്നു അനേകം അനേകം ആളുകൾ പുതുതായിട്ട് ഈ കൺവെൻഷനിൽ വന്നു ധാരാളം ധാരാളം ആളുകൾ ഈ ദിവസങ്ങളിലെല്ലാം വരികയും ഇവിടെ താമസിക്കുകയും ദിനപ്രതിയോഗങ്ങൾക്ക് എത്തിച്ചേരുകയും ചെയ്തു എല്ലാം വളരെ അത്ഭുതകരമായി അനുഗ്രഹകരമായി നടന്നു ദൈവത്തെ നമുക്ക് സ്തുതിക്കാണ് ഞാനിവിടെ പറയിലിരുന്നുകൊണ്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇത്രത്തോളം യഹോ നമ്മെ സഹായിച്ചു എ ബൻ ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു ഈ നിമിഷം വരെയും കർത്താവ് നമ്മെ കാത്തു മനോഹരമായി നമ്മെ സൂക്ഷിച്ചു ആപത്തുകൾ വരാതെ അപകടങ്ങൾ വരാതെ അനർത്ഥങ്ങൾ വരാതെ അനിഷ്ട സംഭവങ്ങൾ വരാതെ കരുണിയുള്ള കർത്താവ് എല്ലാം അനുഗ്രഹരമാക്കി നമുക്ക് തീർത്തു തന്നു സാക്ഷ്യങ്ങൾ അനുഗ്രഹീതമായ വചന എല്ലാം നമുക്ക് തന്ന് കർത്താവ് നമ്മെ നയിച്ചു സഭാമന്റെ സന്ദേശത്തിലേക്ക് വരാനായിട്ട് ഞാൻ ഒരുങ്ങുകയാണ് ദൈവത്തിന്റെ വലിയ നാമം വഹത്വപ്പെടട്ടെ സമാപന സന്ദേശം ഈ ബലഹീന ഞാനല്ല തരാൻ കൊതിക്കുന്നത് എന്നാൽ എന്റെ കരുണിയുള്ള കർത്താവാണ് നിങ്ങൾക്ക് സമാപന സന്ദേശം തരുന്നത് ഞാൻ അതിനുവേണ്ടി എന്നെ തന്നെ വിനയപ്പെടുത്തുകയാണ് ഞാൻ അതിനുവേണ്ടി എന്നെ തന്നെ താഴ്ത്തുകയാണ് ഞാൻ ദൈവത്തിന്റെ കരകളിലേക്ക് എന്നെ ഏൽപ്പിക്കുകയാണ് കരുണയുള്ള കർത്താവ് നിങ്ങൾക്ക് ആശ്വാസ ദൂതുകൾ തന്നയക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ജീവനുള്ള ക്രിസ്തു നിങ്ങളുടെ ഓരോരുത്തരുടെ അരികത്ത് വന്ന് നിങ്ങളെ തലോടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കരുണിയുള്ള കർത്താവിന്റെ ആണിപ്പാടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ രോഗങ്ങൾ മാറ്റട്ടെ നിങ്ങളുടെ ബാധകൾ നീക്കട്ടെ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ നീക്കട്ടെ നിങ്ങളുടെ ഉള്ളിലെ പോച്ചിലുകൾ അകറ്റട്ടെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഒരുക്കങ്ങൾ മാറ്റട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് കരുണയുള്ള കർത്താവ് അത് ചെയ്യുമെന്നുള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കാരണം അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്തവനാണ് കർത്താവ് ആരെല്ലാം ആവശ്യക്കാരായി അപേക്ഷിച്ചിട്ടുണ്ടോ അവരെ ഒരിക്കലും കരുണയുള്ള കർത്താവ് ഉപേക്ഷിച്ചിട്ടില്ല യാചിപ്പിയും നിങ്ങൾക്ക് കിട്ടും മുട്ടുവീൻ നിങ്ങൾക്ക് തുറക്കപ്പെടും അന്വേഷിപ്പിയും നിങ്ങൾ കണ്ടെത്തും എന്നല്ലേ നമ്മുടെ കർത്താവ് പറഞ്ഞത് നമുക്കറിയാം നാം യാചിച്ചപ്പോഴെല്ലാം കർത്താവ് കാതോർത്ത് കേട്ടിട്ടുണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട് കർത്താവെ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ അപേക്ഷിച്ചതെല്ലാം തന്ന എന്റെ ദൈവമേ നീ ഇന്നും ജീവിക്കുന്നു നീ ഇന്നും പ്രവർത്തിക്കുന്നു നീ അനുഗ്രഹങ്ങൾ തരുന്നു യോഗ്യത നോക്കാതെ അർഹതയില്ല എങ്കിലും അവിടെന്നെല്ലാം എല്ലാം അനുഗ്രഹമായി തരുന്നു കരുണിയുള്ള കർത്താവെ ഇത്രത്തോളം ഇത്രത്തോളം നീ നടത്തി ഞങ്ങളെ കൊണ്ടുവന്നു ജീവനുള്ള ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തെ സാക്ഷിച്ചും ദൈവത്തെ ആരാധിച്ചും ദൈവവേല ചെയ്തും കർത്താവ് രണ്ടാമത്തെ ഒരുവിനടി നോക്കിപ്പാർത്തു ഇരിക്കുന്ന ഒരു കൂട്ടം ജനത്തെ ഉണർത്തുവാൻ കർത്താവ് ഈ അന്തിമ തലമുറയിൽ അധ്വാനിച്ചുകൊണ്ട് നിൽക്കുകയാണ് കർത്താവിന്റെ അധ്വാനം ഫലപ്രദമാകട്ടെ കരുണയുള്ള കർത്താവ് പ്രവർത്തിക്കട്ടെ എല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ യഹോവാ വീട് പടിയാതിരുന്നാൽ പണി നിറത അധ്വാനിക്കുന്നു യഹോവാ പഠനം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃത ജാഗരിക്കുന്നു എന്നെ നിങ്ങൾക്ക് ഒന്നും ജീവൻ കഴിയുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു കർത്താവിന്റെ കൃപ കർത്താവിന്റെ കരുണ ദൈവത്തിന്റെ വലിയ നാവം നമ്മളെല്ലാം എല്ലാം സാധാരണക്കാരായ മനുഷ്യർ നമ്മളെല്ലാം നിസ്സാരരായ മനുഷ്യർ അല്പപ്രാണികളായ മനുഷ്യര് ഒരു നിമിഷം കൊണ്ടെല്ലാം തീർന്നു പോകാനേ ഉള്ളൂ നാം നിമിഷ നേരം കൊണ്ടെല്ലാം എല്ലാം അസ്തമിച്ചു പോകും എന്നാൽ മാറ്റമില്ലാത്തതിനായിശുക്രിസ്തു മാത്രം കരമുയർത്തി നിൽക്കുന്നു ഒടുവിലായി കർത്താവ് കുറിസിലേക്ക് പോകുന്നതിനു മുൻപ് ഒടുവിലായി ചെയ്ത പ്രസംഗത്തിൽ കർത്താവ് പറഞ്ഞത് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവേൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്റെ സഹോദരങ്ങളെ നിങ്ങളിൽ പലരുടെയും ഉള്ളം വാടിയാണിരിക്കുന്നത് ഇപ്പോഴും നിങ്ങളുടെ പലരുടെയും ഹൃദയത്തിൽ പല പ്രശ്നങ്ങളും നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തെ വലയം ചെയ്ത് നിങ്ങളെ ഭാരപ്പെടുത്തി ആകുലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മനസ്സ് പലരുടെയും ഹൃദയം ഭീതികൊണ്ടും ആശങ്ക നിറഞ്ഞു നിൽക്കുകയാണ് നാളെയെക്കുറിച്ചുള്ളതായ ആകുലാധികൾ നിങ്ങളെ പലരെയും അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും ഈഹൻ പറയട്ടെ എല്ലാം ഏൽപ്പിച്ചുകൊടുത്തുകൊണ്ട് ഇപ്പോൾ പ്രിയപ്പെട്ട ശ്രീമത് പ്രസംഗത്തിൽ അവസാനം പറഞ്ഞതുപോലെ ആ അത്യുന്നത കരങ്ങളിലേക്ക് എല്ലാം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നാം മുന്നോട്ട് പോകുമെങ്കിൽ കരുണയുള്ള കർത്താവ് നമ്മെ ഏറ്റെടുത്ത് നടത്തിക്കൊള്ളും മൈക്കിൾ ഫാരഡേ എന്ന് പറയുന്ന വിശ്രുതനായൊരു ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു മൈക്കിൾ ഫാരഡേ ഈ ശാസ്ത്രജ്ഞൻ അദ്ദേഹം വിശ്വവിശ്രുതമായ അനേകം കണ്ടുപിടുത്തങ്ങൾ നൽകി ലോകത്തെ സഹായിച്ചിട്ടുള്ള ഒരു വലിയ മഹാനായ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം മൈക്കിൾ ഫാരഡെ ഭരിക്കാറായ സമയത്ത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെല്ലാം കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിലെ സുഹൃത്തുക്കളിലൊരാൾ ചോദിച്ചു സാ അങ്ങ് കടന്നുപോകുന്ന സമയത്ത് ഞങ്ങളോട് അന്തിമമായിട്ട് പറയാനൊരു സന്ദേശം ഞങ്ങളോട് അവസാനമായി പറയാനൊരു സന്ദേശം അത് ഞങ്ങൾക്ക് തരാമോ എന്താണങ്ങിപ്പോൾ പറയാനുള്ളത് അവസാനമായി പറയാനുള്ള സന്ദേശം അദ്ദേഹം ആലോചിക്കേണ്ടി വന്നില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ ആരെയും വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു ഞാൻ ആരെയും വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഞാൻ ഉറച്ചുവിരിക്കുന്നു നിങ്ങൾ അവന്റെ കരങ്ങളിലേക്ക് വലുതും കൊടുത്തുവോ അത് സൂക്ഷിക്കാൻ യേശുക്കു ശക്തനാണ് അവന്റെ കരങ്ങളിലേക്ക് നിങ്ങൾ എന്തെങ്കിലും സമർപ്പിച്ചു കൊടുത്തുവോ നിങ്ങൾ ഏൽപ്പിച്ചുകൊടുത്തത് അന്ത്യം വരെയും സൂക്ഷിപ്പാൻ അവൻ ശക്തനാണ് ഞാൻ വീണുപോകുമോ നിങ്ങൾ ഭയപ്പെടേണ്ട എനിക്ക് നിലനിർത്താൻ പറ്റുമോ നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുമോ നിങ്ങൾ പേടിക്കേണ്ട ഫയർഡേ പറഞ്ഞതാണ് അപ്പോനായി പോലീസ് പറഞ്ഞൊരു വാക്യമാണ് തീമോദ്യോഗസ്ഥനെതിരെ ലേഖനത്തിൽ അപ്പം പറഞ്ഞ വാക്യം അതാണ് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻറെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുവിരിക്കുന്നു ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് സദ്ധവർത്തമാനം ഒരു സന്തോഷവർത്തമാനം അറിയിക്കട്ടെ നിങ്ങളെ ഓരോരുത്തരെയും ജീവനുള്ള ക്രിസ്തു ആകർഷിച്ചാണ് നിങ്ങൾ വന്നത് നിങ്ങൾ ആരും അതിൽ നിങ്ങൾ ആരെല്ലാം ആരെല്ലാം ഏതെല്ലാം സ്ഥലങ്ങളിൽ നിന്ന് വന്നു ഏതെല്ലാ സാഹചര്യങ്ങളെന്ന് വന്നു പോകോ ക്രിസ്തു ആകർഷിച്ചതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ വന്നത് ദൈവത്തിന്റെ വലിയ നാമം വഹുത്തുപെടട്ടെ യേശു ക്രിസ്തുവിന്റെ ആകർഷണം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് കർത്താവ് പറഞ്ഞു എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എന്റെ അടുക്കൽ വരുന്നില്ല എന്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും എന്റെ അടുക്കൽ വരുന്നില്ല കർത്താവ് ആ യേശു നിങ്ങൾ ഇവിടെ കടന്നു വന്നത് ദൈവത്തിന്റെ വലിയ നാവം വഹുത്തുപെടട്ടെ കേൾക്കണമോ ക്ലോറഫോം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ സിംസൺ അദ്ദേഹം പറഞ്ഞത് ഇതാണ് എന്റെ ഏറ്റവും വലിയ കണ്ടുപിടിത്തം ഞാൻ മനുഷ്യനെ മയക്കുന്ന ക്ലോറഫോം കണ്ടുപിടിച്ചതല്ല എന്നെ മയക്കിയ ക്രിസ്തുവിനെ കണ്ടെത്തിയതാണ് ദൈവത്തിന് സ്തോത്രം ക്ലോറഫോം ഈ ഹോസ്പിറ്റലുകളിൽ മനുഷ്യനെ മയക്കാനുള്ള അവന് അവന് മയങ്ങിക്കിടക്കാനുള്ളതായ ആ മരുന്ന് അത് കണ്ടുപിടിച്ച ക്ലോറോഫോം എന്ന് പറയുന്ന മരുന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞരായി സിംസൺ പറഞ്ഞത് അങ്ങനെയാണ് എ ബി സിംസൺ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ് ഞാനെ മനുഷ്യനെ മയക്കുന്ന ക്ലോറോഫോം കണ്ടുപിടിച്ചതല്ല എന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്നെ മയക്കിയ ക്രിസ്തുവിനെ കണ്ടെത്തിയതാണ് യേശു ക്രിസ്തുവിനെ കണ്ടെത്തുക ക്രിസ്തുവിനെ തിരിച്ചറിയുക ക്രിസ്തുവിന്റെ ഭാഗത്തിലേക്ക് വരിക ക്രിസ്തുവിനെ സ്നേഹിക്കാൻ ഇടയാകുക ക്രിസ്തുവിനോട് ഉള്ളു തുറന്ന് പറയാനിടയാകുക ക്രിസ്തുവിനെ നമ്മുടെ കൂട്ടുകാരനായി നമ്മുടെ സ്നേഹിതനായി നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നതിനായി ക്രിസ്തുവിനെ ലഭിക്കുക നമ്മുടെ സ്നേഹിതനായി ലഭിക്കുക നമ്മുടെ ഉള്ളു തുറന്നു പറയാവുന്ന നമ്മുടെ ഹൃദയം തുറന്നു പറയാവുന്ന ഒരാളായി ഏ സമയം നമുക്ക് അടി അരികത്ത് കിട്ടുക പ്രിയപ്പെട്ടവരെ ഭാഗ്യമാണ് നാം ഒരു കടന്നു അവന്റെ മുഖം മുഖാമുഖമായി കാണും അവനെ നേരിട്ട് നേരിട്ട് നാം കാണും എന്നാൽ ഇന്ന് നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു അവനെ മുഖാമുഖം കാണും അവൻ ഈ ഭൂമിയിൽ ജീവിച്ച കാലത്തെല്ലാം അവൻ എവിടെ ചെന്നുവോ അവിടെ ആശ്വാസം വാരി വിതറുകയാണ് ചെയ്തത് എവിടെ അവൻ കടന്നു ചെന്നുവോ അവിടെ സമാധാനം തൂകിത്തൂകി കൊടുക്കുകയാണ് ചെയ്തത് അവനെവിടെ ചെന്നുവോ അവിടെ രോഗികൾക്ക് സൌഖ്യമായി അവൻ എവിടെ ചെന്നുവോ അവിടെ ഭൂതബാധയുള്ളവർക്ക് ഭൂതങ്ങൾ വിട്ടുപോയി അവൻ എവിടെ ചെന്നുവോ അവിടെ കരയിന്ന് അവരുടെ തോർന്നു കിട്ടി അവൻ എവിടെ ചെന്നുവോ അവിടെ ദുഃഖിച്ച് യുവശരായിരിക്കുന്നവർക്ക് ആശ്വാസവും സ്വസ്ഥതയും ശാന്തിയും ലഭിച്ചു സഹോദരങ്ങളെ അവൻ ചെന്ന കുടുംബങ്ങൾ സമാധാനം പ്രാപിച്ചു മാത്രമല്ല ഐശ്വര്യം പ്രാപിച്ചു കർത്താവ് യേശു ക്രിസ്തുവിനേയും കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് രാത്രി മടങ്ങിപ്പോകാം യേശുവിനെയും കൊണ്ട് നിങ്ങൾക്ക് മടങ്ങിപ്പോകാം യേശു ഉള്ളവരായി നിങ്ങൾക്ക് മടങ്ങിപ്പോകാം യേശുവിനെ ചുമക്കുന്ന കഴുതുകളായി നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ തന്നെ സമർപ്പിക്കാം ക്രിസ്തു നിങ്ങളുടെ ചുമലിലേറിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് പോകട്ടെ ദൈവത്തിന്റെ വലിയ നാമം ബഹുത്വപ്പെടട്ടെ ഐഹിക ജീവിത വ്യാപാരവേളയിൽ കരുണയുള്ള കർത്താവ് അവിടുന്ന് ബാധകൾ അകറ്റുകയുണ്ടായി മർക്കോസിന് ശേഷം അഞ്ചാമധ്യായത്തിന്റെ മുപ്പത്തിനാലാം വാക്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം കുറേശ്ശെ കുറേശയായി ചിന്തിച്ചു വന്നത് മർക്കോസിന് സുവിശേഷം അഞ്ചാമധ്യായത്തിന്റെ മുപ്പത്തിനാലാം വാക്യം അവനവളോട് മകളെ മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് ബാധയൊഴി എന്ന് പറഞ്ഞു സ്വസ്ഥയായിരിക്കും മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ദൈവത്തിന് സ്തോത്രം നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു കരുണയുള്ള കർത്താവ് മകളെയേ എന്ന് വിളിക്കുന്നത് ഈ ഒരു സ്ത്രീയെ മാത്രമാണ് സ്വന്തം അമ്മയെപ്പോലും സ്ത്രീയെ എന്നാണ് വിളിച്ചത് സ്ത്രീയെ എനിക്കും നിനക്ക് തമ്മിൽ എന്ത് എന്ന് കാനാവിലെ കല്യാണ വിളിച്ച് ചോദിച്ചു കർത്താവ് കുരിശ് എറിയപ്പോഴും താഴെ ഇരുന്ന് കരയുന്ന കുരിശ് എന്റെ കരയുന്ന കഞ്ഞിമറിയാവിനെ നോക്കിക്കൊണ്ട് സ്വന്തം അമ്മയെ നോക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞത് സ്ത്രീയെ ഇതാ നിന്റെ മകൻ ഇതാ നിന്റെ മാതാവ് എന്ന് പ്രിയപ്പെട്ട മാതാവിനെയും ശിഷ്യനെയും പരസ്പരം ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്ത് സ്ത്രീയെ എന്നാണ് പറയുന്നത് ശ്രീമോഹന്റെ വീട്ടിൽ വന്ന് കർത്താവിന്റെ കാൽക്കൽക്ക് അരഞ്ഞ് പാവങ്ങൾ ഏറ്റുപറഞ്ഞ് കണ്ണീരൊഴുക്കി കർത്താവിന്റെ പാദം കഴുകിയ ആ പാവിനിയായി സ്ത്രീയുടെ കർത്താവ് പറഞ്ഞത് സ്ത്രീയെ നിന്റെ അനുയോഹങ്ങളായ പാവങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു സമാധാനത്തോടെ പോക എന്നാണ് പറഞ്ഞത് നിന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നെന്നാണ് പറഞ്ഞത് എന്നാൽ ഇവിടെ ഈ സ്ത്രീയുടെ കർത്താവ് പറയുന്നത് മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കും ഇന്ന് രാത്രി ഇവിടെ കൂടി വന്നിരിക്കുന്ന എന്റെ ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ കർത്താവ് വാത്സല്യത്തോടെ നോക്കുകയാണ് കർത്താവു വാത്സല്യത്തോടെ വിളിക്കുകയാണ് മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കാ എന്ന് ഇവിടെ ഇരിക്കുന്നതിന്റെ സഹോദരിമാരോട് പറയുവാൻ കർത്താവ് നിങ്ങളരികത്തേക്ക് വന്നിട്ടു് മകനെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥനായിരിക്കാ എന്ന് ഓരോരുത്തരോടും പറഞ്ഞു വിടുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് സമാധാനത്തോടെ പോയിക്കൊള്ളു നീയെ സമാധാനം തേടി വന്നു നീയെ എന്തെങ്കിലും ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നത് കാണാൻ വന്നു എന്നാൽ നീ നീ സമാധാനത്തോടെ പോകാം സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്ക കർത്താവ് ഇന്ന് രാത്രി നിങ്ങളുടെ ഓരോരുത്തരക്കൽ വന്ന് സമാധാനം തരാൻ കരം നീട്ടുകയാണ് ഈ അമർക്കോസത്തിന് ശേഷം അഞ്ചാമധ്യായം തുടങ്ങുന്നതിന് മുൻപ് നാലാമധ്യായത്തിന്റെ അവസാന ഖണ്ഡികയിൽ ഒരു വലിയ ഡെയിഞ്ചർ കർത്താവ് മാറ്റി കൊടുക്കുന്നതായി നാം കണ്ടു ഒരു വലിയ ഡെയിഞ്ചർ വലിയൊരു കോളിളക്കം വലിയൊരു കൊടുങ്കാറ്റ് വലിയൊരു അലയിളക്കം വലിയൊരു തിരമാല അഗലീലക്കടൽ ആകെ ഓളവും തിരമാലയുമായി ആ പടക് ആടി ഒലഞ്ഞതായി സന്ദർഭം കരുണയുള്ള കർത്താവ് അവിടെ അത്ഭുതം പ്രവർത്തിച്ചു അനങ്ങുക അനങ്ങാതിരിക്കുക അടങ്ങുക ശാന്തമായിരിക്കുക എന്ന് കർത്താവ് പറഞ്ഞു കടൽ ശാന്തമായി കൊടുങ്കാറ്റ് അമർന്നു അവിടെ വലിയ ശാന്തതയുണ്ടായി ദൈവത്തിന് സ്തോത്രം രണ്ടാമത്തെ കാര്യം മർക്കോസിന് ശേഷം അഞ്ചാമധ്യായത്തിന്റെ ആദ്യ ഭാഗമാണ് അവിടെ ഡമൺസിന്റെ ബാധയാണ് നാം കാണുന്നത് ഡെയ്ഞ്ചറിന്റെ ബാധ കർത്താവ് മാറ്റി ഡമൺസിന്റെ ബാധ ഡമൺസ് എന്ന് പറയുന്നത് എന്താണ് ഡമൺസ് ഭൂതാത്മാക്കളാണ് ദുർഭൂതങ്ങളാണ് കർത്താവ് കടല് കടന്ന് ആ പടകിൽ കയറി പടക് അക്കരെ ചെന്നു അങ്ങ് കടലക്കരെ കർത്താവ് ആ ശബ്ദം കേട്ടുകൊണ്ടാണ് വരുന്നത് ആ നിലവിളി കേട്ടുകൊണ്ടാണ് കർത്താവ് വരുന്നത് പാവപ്പെട്ടൊരു ഭൂതഗ്രസ്ഥൻ അവന് സുബോധമില്ല അവന്റെ ശരീരമാസകലം അവൻ അവിടെ ആ മലയൂരങ്ങളെല്ലാം ഓടി നടക്കുകയാണ് മലകളിലും കാടുകളിലൊക്കെ ഓടി നടക്കും അവിടെ ആ പടയ ഇറങ്ങുന്ന ഭാഗം അവിടെ മുഴുവനും വലിയ കിഴകാന്തൂകായ പാറക്കട്ടകളാണ് പാറക്കട്ടകളും കുന്നുകളുള്ള ഭാഗമാണ് അവൻ അതിലൂടെ എല്ലാം ഓടി നടക്കും സുബോധമില്ലാതെ ഓടി നടക്കും പലപ്പോഴും അവൻ വൈലന്റാണ് രാത്രി അവൻ ഉറക്കമില്ല പകലോ ഉറക്കമില്ലല്ലോ പകലും രാവും കൂവിക്കൊണ്ട് നടക്കും രാത്രി മുഴുവൻ നിലവിളിച്ചുകൊണ്ട് നടക്കും ഉച്ചത്തിൽ കേൾക്കാവന്റെ നിലവിളി നാട്ടുകാർ പേടിക്കുകയാണ് അവന്റെ വീട്ടിലുള്ളവരും പേടിക്കുകയാണ് അവന്റെ വീട്ടിലെ ഭാര്യയെ പേടിച്ചു കഴിയുകയാണ് അവന്റെ മക്കൾ പേടിച്ച് അരണ്ട് കഴിയുകയാണ് വാതിലെല്ലാം അടച്ചു കുച്ചിയിട്ട് അയ്യോ അപ്പൻ വരല്ലേ അയ്യോ അപ്പൻ വന്നാൽ ഞങ്ങളെ കൊല്ലും ഞങ്ങളെ തല്ലും പേടിച്ചു കഴിയുകയാണ് പ്രിയപ്പെട്ടവരെ ആ സാധു സ്ത്രീ കണ്ണിലെണ്ണി ഒഴിച്ചെന്ന് പറഞ്ഞതുപോലെ രാത്രി ഇങ്ങനെ ഉറക്കളച്ചിരിക്കുകയാണ് എപ്പോഴെങ്കിലും വരുമോ അയ്യോ വന്നാലും ഞാൻ എന്ത് ചെയ്യും എന്റെ ഭർത്താവല്ലേ പക്ഷെ ഞാൻ എന്തു ചെയ്യും പിള്ളേർ പറയുന്നു അയ്യോ തുറക്കല്ലേ തുറക്കല്ലേ എന്ന് പറയുന്നു ഞാൻ എന്ത് ചെയ്യും ആ സ്ത്രീ ഭയത്തോടി ക്കുകയാണ് വരാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നെന്ന് ആ സാധു സ്ത്രീ ചിന്തിച്ചു പ്രിയപ്പെട്ടവരെ ആ കുടുംബം ഇന്ന് നരകവേദനയിലാണ് ആ മനുഷ്യൻ അവൻ കാട്ടിലൂടെ നിലവിളിച്ചുകൊണ്ടിങ്ങനെ ഓടി നടക്കുമ്പോൾ അവന്റെ നിലവിളിയുടെ ി അങ്ങ് ദൂരെ കടലക്കരയെ ചെന്നു യേശു അത് കേട്ടു ഒരു ഭൂതഗ്രസ്തന്റെ നിലവിളി യേശു കേട്ടു എന്റെ സ്നേഹിത നീയെ എത്ര ദൂരെയാണെങ്കിലും അവിടെ ഇരുന്നുകൊണ്ട് നീ കരഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം കേൾക്കും അത് വ്യക്തമായി നിനക്ക് പറഞ്ഞുതരാം സ്വർഗത്തിലെ ദൈവം നിന്റെ നിലവിളി കേൾക്കും സ്വർഗത്തിലെ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ അവൻ നിന്റെ അരിയിലേക്ക് വരും ദൈവത്തിന് സ്തോത്രം ഭൂതഗ്രസ്തൻ കരയുകയാണ് അവൻ നിലവിളിക്കുകയാണ് ഉച്ചത്തിൽ കൂവുകയാണ് നമുക്ക് വായിക്കാം അഞ്ചാംധിയായി ഒന്നാം വാക്യം ഒരു വായിക്കാം അവർ കടലിന്റെ ഗദരദേശത്ത് എത്തി പടങ്ങിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ച് കൂടാതെ കല്ലറകളിലാണ് രാത്രി സെമിത്തേരിയിലാണ് കിടക്കുന്നത് കല്ലറകളിലായിരുന്നു കിടപ്പ് ർപ്പ് കല്ലറകളിലായിരുന്നു ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചുകൂടാഞ്ഞു പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചെ പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഓടിച്ചും അവനെ ചങ്ങല കൊണ്ട് ബന്ധിച്ചു നോക്കിയിട്ടുണ്ട് എങ്ങനെയെങ്കിലും കെട്ടിയിട്ടാൽ നാടില് സൗകര്യമായിട്ട് നടക്കാമല്ലോ പിള്ളേർക്ക് സൗകര്യമായി സ്കൂളിൽ പോകാമല്ലോ എന്ത് ദൈവമേ എന്ത് ചെയ്യും അവനെ കെട്ടിയിട്ട് നോക്കി പക്ഷേ ചങ്ങല അവൻ വലിച്ചു അവന്റെ കാല് ആമത്തിലിട്ട് നോക്കി ആമവൻ ഉരുമി ഒടിച്ചു കളയും എന്ത് ചെയ്യും കാലിലും ചങ്ങല കൈയിലും വിലങ്ങ് എല്ലാം ഉരുമിയും ഒടിച്ചും അവനത് പൊട്ടിച്ചു കളയുന്നു അത്ര കരുത്തനാണവൻ അവന്റെ നേരെ നിൽക്കാൻ ആർക്ക് സാധ്യമല്ല ഭയങ്കരനായൊരു ഭീകരൻ അവൻ ഉമ്മിൽ നിൽക്കാൻ ആർക്ക് കഴിയില്ല കേൾക്കുക വായിക്കുന്നെന്താണ് അവനതെല്ലാം ഒടിച്ചു കളഞ്ഞും രാവും പകലും അവന്റെ ആവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെ കല്ലുകൊണ്ട് ചതച്ചും പോന്നു അവൻ അവൻ യേശുവിനെ ദൂരത്തുനിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു അവൻ ഉറക്കെ നിലവിളിച്ചു പ്രിയപ്പെട്ടവരേ എന്താണ് ഈ പറയുന്നത് അവനെ യേശു അറിയാമോ അറിയാം അവന്റെ അകത്ത് ആറായിരം ഭൂതങ്ങളുണ്ട് അവൻ ഒരാളുടെ അകത്ത് ആറായിരം ഭൂതങ്ങൾ കയറിയിരിക്കുകയാണ് ആറായിരം ദുർഭൂതങ്ങൾ കയറിയിരിക്കുകയാണ് ആറായിരം ദുഷ്ടപിശാചക്കൾ കയറിയിരിക്കുകയാണ് സാധു മനുഷ്യനെ ദുഷ്ട പിശാചുക്കൾ അവരെ തകർത്തുകൊണ്ടിരിക്കുകയാണ് പിശാദിനു നല്ല രസമാണ് പിശാദിനുള്ള സുഖമാണ് നാം കള്ളന്മാരെ കുറിച്ചിപ്പോൾ കേട്ടല്ലോ കർത്താവ് ഒരു കള്ളനെ പറഞ്ഞു കള്ളൻ വരുന്നത് അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനുമാണെന്ന് പിശാദിനെ കുറിച്ചാണ് പറഞ്ഞത് അവൻ കള്ളനാണ് അവൻ ഫോഷ് പറയുന്നവനാണ് അവൻ നുണ പറയുന്നവനാണ് അവൻ ഫോഷ് പറയുന്നതിന്റെ അപ്പനാണ് കർത്താവ് പിശാദിനെ പറഞ്ഞത് അങ്ങനെയാണ് കർത്താവ് പിശാജിനെ കുറിച്ച് പറഞ്ഞത് അവൻ കള്ളനാണെന്നാണ് അവൻ അറുക്കാൻ വരുന്ന ചെയ്യുന്നവനാണ് അറുപ്പാൻ മരുന്നവനാണ് അവൻ മുടിക്കാൻ അവൻ നശിപ്പിക്കാൻ അവൻ അറുപ്പാനും മുടിപ്പാനും മോഷ്ടിക്കാനും അത്രയേ കള്ളൻ വരുന്നത് മോഷ്ടിക്കാൻ പ്രിയപ്പെട്ടവരെ പിശാജ് കയറിയാൽ അങ്ങനെയുള്ളവരിതുപോലുള്ള ദുഷ്കൃത്യങ്ങൾ ചെയ്തു പോകും കൊലപാതകങ്ങൾ ചെയ്തു പോകും വാർഡക്കോലകൾ നടത്തിപ്പോകും കൂലിത്തല്ലുകൾക്ക് പൊയ് പോകും പ്രിയപ്പെട്ടവരെ വാർഡകക്കോലയ്ക്ക് പ്രേരിപ്പിച്ച് വിട്ടുപോകും എന്താണ് കാരണം പിശാജകത്ത് കയറിയിരിക്കുകയാണ് ദുരാത്മാക്കളകത്ത് കയറിയിരിക്കുകയാണ് ദൈവത്തിന്റെ വലിയ നാമം വഹുത്തുപെടട്ടെ സഹോദരങ്ങളെ അനേകം അനേകം ആളുകൾ സുബോധം നഷ്ടപ്പെട്ടവരാണ് സുബോധമില്ലാത്തവരെ പോലെ പെരുമാറുന്നവരാണ് ഞാനൊരു സംഭവം ഒരിക്കൽ വായിക്കുകയുണ്ടായി ഒരു ട്രെയിനിൽ ഒരു ദൈവഭക്തനായ മനുഷ്യൻ അദ്ദേഹം യാത്ര ചെയ്യുകയാണ് ട്രെയിനിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം വേദപുസ്തകം തുറന്ന് വായിക്കുകയാണ് അവിടെ ആ കമ്പാർട്ട്മെന്റിൽ അവിടെ തന്നെ അദ്ദേഹം ഇരിക്കുന്നതിന്റെ അരികത്തും മറ്റു ചുറ്റുപാടുമായി കുറെ കോളേജ് വിദ്യാർത്ഥികളുണ്ട് അവരെ പല പല കാര്യങ്ങളെക്കുറിച്ച് ഉച്ചത്തിൽ പറയുകയും ശിരിക്കുകയും ഒട്ടഹസിക്കുകയും ചെയ്യുന്നു ഇദ്ദേഹം വേദപുസ്തകം വായിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അദ്ദേഹം മറ്റൊന്നും ശ്രദ്ധിക്കുന്നില്ല ആ കോളേജ് വിദ്യാർത്ഥികൾ അവരിൽ അവരെ പറഞ്ഞു ഈ കാലത്തും ഈ ബൈബിൾ വായിക്കുന്നവരൊക്കെയുണ്ട് ശാസ്ത്രം വളർന്ന് ഈ കാലത്തും ഇന്നും ബൈബിൾ വായിക്കുന്നവരൊക്കെയുണ്ട് അവരെ പറഞ്ഞു ഒരാൾ പറഞ്ഞു ഈ ബൈബിളില് എന്താ എഴുതിയിരിക്കുന്ന അറിയാമോ ഈ നസ്രയത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു തച്ഛൻ ഉണ്ടായിരുന്നു ആ തച്ചൻ ദൈവമാണെന്നൊക്കെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് എന്തെല്ലാം വിട്ടിതങ്ങളൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്തെല്ലാം മണ്ടത്തരങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് അവരിങ്ങനെ പറയുകയാണ് പറഞ്ഞ ചിരിക്കുകയും ഇതെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം ശ്രദ്ധിക്കാതെ ഇരിക്കുകയും ചെയ്യുമ്പോൾ അവര് പറഞ്ഞു രണ്ടില്ലേ ഒരാളിരുന്ന് വായിക്കുന്നത് ഒരാളിരുന്ന് ഈ ബൈബിൾ വായിക്കുകയാണ് ബോധമില്ലാത്തത് ബോധമില്ലാത്ത കൊണ്ടാണ് എന്നൊക്കെ പറയുകയാണ് ഇദ്ദേഹം ഇതിനൊന്നും മിണ്ടുന്നില്ല ഒരക്ഷരം മിണ്ടുന്നില്ല അടുക്കലിരുന്ന മറ്റൊരാൾ ചോദിച്ചു സാറേ അങ്ങനെ നേരെ പരിഹസിച്ച് ഇവരി പറയുന്ന കേട്ടില്ലേ അങ്ങനെയൊന്നും പറയാനില്ലേ ഓ ഇത് ഞാൻ എന്നും കേൾക്കുന്നതല്ലേ ആ അതെന്നാ ഞാനിങ്ങനെയുള്ളതായ ഉയരക്കേടുകൾ എന്നും കേൾക്കുന്നുണ്ട് അത് എന്നാ ഞാനൊരു ഡോക്ടറാണ് ഞാനൊരു മെന്റൽ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് പിള്ളേരങ്ങ് വല്ലാതായിപ്പോയി ഈ ചെറുപ്പക്കാരും അല്ലാതായിപ്പോയി മെന്റൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ പ്രാന്ത് ബാധിച്ചവരെ ഇങ്ങനെ വിവരക്കേടുകൾ എന്നും കേൾക്കുന്നു അതുപോലെ വിവരക്കേട് ഈ പിള്ളേരും പറയുന്നു അത്രയ്ക്കേ ഉള്ളൂ ഞാനിതിന് വില കൊടുക്കുന്നതെന്ന് പ്രിയപ്പെട്ടവരെ സുബോധം നഷ്ടപ്പെട്ട യുവതലമുറ സുബോധമില്ലാത്തതായ സമൂഹം ദുരാത്മാക്കൾ ബാധിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് റാഗിങ് ദുരാത്മാക്കൾ ബാധിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് കൊള്ളകൾ ദുരാത്മാവ് ബാധിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് കവർച്ചകൾ ദുരാത്മാവ് ബാധിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് പാവം പെൺകുട്ടികളെ റാഞ്ചി കൊണ്ടുപോയി വേശ്യാലയങ്ങളിൽ കൊണ്ടുപോയി വിൽക്കുന്നത് ദുരാത്മാക്കൾ ബാധിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ആ കുട്ടികളെ ചെറുപ്പക്കാരെ റാഞ്ചിക്കൊണ്ടുപോയിട്ട് അവരെ തന്ത്രപൂർവ്വമായി കൊണ്ടുപോയിട്ട് അവരെ കീറി കിഡ്നി എടുത്തിട്ട് അവരെ കടലിൽ തള്ളുന്നത് ദുരാത്മാവ് ബാധിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അനേകമനേകം ദുരാത്മാക്കൾ ബാധിച്ച ഒരു സമൂഹം ദുരാത്മാക്കൾ ബാധിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് കോപിച്ച് അലറുന്നത് കോപിച്ച് ഗർജിക്കുന്നത് കോപിച്ച് വീട്ടിൽ കലഹമുണ്ടാക്കുന്നത് ഭാര്യയും ഭർത്താവ് എന്നിവ ഭിന്നിക്കുന്നത് ഭാര്യയെ പിരിഞ്ഞ് ഭർത്താവ് വേറൊരു സ്ത്രീയുടെ കൂടെ ജീവിക്കുന്നത് അല്ല ഭാര്യ ഉള്ളപ്പോൾ തന്നെ അന്യസ്ത്രീകളുടെ കൂടെ കഴിയുന്നത് എന്തുകൊണ്ടാണ് അതിന് കാരണം ദുരാത്മാക്കൾ ബാധിച്ചിരിക്കുകയാണ് ഭൂതാത്മാക്കൾ ബാധിച്ചിരിക്കുകയാണ് ഡമൺസ് ബാധിച്ചിരിക്കുകയാണ് ഡെവിൾസ് ബാധിച്ചിരിക്കുകയാണ് പിശാജുക്കൾ ബാധിച്ചിരിക്കുകയാണ് ദുരാത്മാക്കൾ ഈ മനുഷ്യൻ അവനിയാർക്ക് അടക്കുവാൻ കഴിഞ്ഞില്ല പക്ഷേ അവന്റെ ഉള്ളിലും ദുരാത്മാക്കൾ ഉണ്ടെങ്കിലും അവന്റെ ഉള്ളിൽ ഇടയ്ക്ക് സുബോധം വരും സുബോധം വരുമ്പോൾ അവനറിയാം എന്റെ അകത്തുള്ള ദുരാത്മാക്കളാണ് എന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത് എന്ന് എന്നെ വൈലന്റാക്കുന്നത് എന്നെ ഉഗ്രരൂപിയാക്കുന്നത് എന്റെ അകത്തുള്ള ദുരാത്മാക്കളാണെന്ന് അവനറിയാം അതുകൊണ്ട് അവനെ ഇതിൽ രക്ഷ പക്ഷേ സാധിക്കുന്നില്ല അവന്റെ പിടിയിലൊക്കുന്നില്ല അവന് ത തന്നെത്താൻ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അവന്റെ അവയവങ്ങളുടെ നിയന്ത്രണമില്ല അവന്റെ കോപത്തിന് നിയന്ത്രണമില്ല ഇത് തെറ്റാണെന്ന് അറിയാം അറിയാൻ അയ്യാഞ്ഞിട്ടല്ല പക്ഷേ അവൻ അറിയാതെ അതിൽ കുടുങ്ങിപ്പോവുകയാണ് അറിയാതെതിൽ വീണുപോകുകയാണ് സഹോദരങ്ങളെ ഇവൻ നിലവിളിച്ചത് എനിക്കൊരു മോചനം കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള ആശ ചിലപ്പോൾ വരും ഒരു മോചനം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് എന്റെ വീട്ടില് സ്വസ്ഥമായി കിടക്കാൻ ഒത്തിരുന്നെങ്കിൽ എന്റെ ഭാര്യയോടുകൂടെ എന്റെ കഴിയാൻ ഒത്തിരുന്നെങ്കിൽ ആശ ഇടക്കിടയ്ക്ക് വരുന്നുണ്ട് പക്ഷേ സാധിക്കുന്നില്ല അവൻ പെട്ടെന്ന് വയലന്റായിത്തീരുന്നു പ്രിയപ്പെട്ടവരെ അവൻ ഇങ്ങനെ കരയുകയാണ് കർത്താവിനോട് ചോദിച്ചു നിന്റെ പേരെന്ത് ലഗിയോൻ എന്നവൻ പറഞ്ഞു ലഗിയോ ലഗിയോൻ ലീജിയൺ ലഗിയോ എന്നുള്ള വാക്കിന് ആറായിരം എന്നാണ് അർത്ഥം ആറായിരം പടയാളികളുള്ള ഒരു സൈന്യ ട്രൂപ്പിനാണ് ലഗിയോൺ എന്ന് പറയുന്നത് ആറായിരം ഭൂതങ്ങളാണ് ആ ഒരൊറ്റ മനുഷ്യനിൽ കയറിയിരിക്കുന്നത് സഹോദരങ്ങളെ എന്തൊരു ഭയാനകമായ കാര്യം ഈ ദുർഭൂതങ്ങളെല്ലാം ആ മനുഷ്യനെ ഞരടി ഞരടി നശിപ്പിച്ച് ഞെരിച്ച് അവനെ ഉഗ്രൂപിയായി അവനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ എന്നാൽ ഈ മനുഷ്യൻ അവൻ യേശുവിന്റെ മുമ്പിൽ വന്നപ്പോൾ അവൻ തുറന്നു പറഞ്ഞു ലഗിയോൻ ദുരാത്മാക്കൾ തന്നെയാണ് പറയുന്നത് ലഗിയോൻ ആറായിരം ദുർഭൂതങ്ങൾ എന്തുണ്ടായി യേശു യേശു അവനോട് പറഞ്ഞു ദുരാത്മാവേ ഇവനെ വിട്ടുപോക അധികാരമുള്ള ദൈവോത്രൻ അധികാരത്തോടെ ദുരാത്മാക്കളോട് കൽപ്പിച്ചപ്പോൾ വിട്ടുപോയേ ഒക്കൂ അവരെ ഈ ദുരാത്മാക്കളെല്ലാം ഇവനിൽ നിന്ന് ഇറങ്ങിപ്പോകാതെ ഇരിക്കാൻ നിർവാഹമില്ല ഇറങ്ങിപ്പോയേ പറ്റൂ കാരണം അധികാരസ്ഥനാണ് കൽപ്പിച്ചിരിക്കുന്നത് യേശു ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ദുരാത്മാക്കൾ യേശുവിനോട് പറഞ്ഞു ഗുരു ഞങ്ങളൊരു കാര്യം ചെയ്തു തരാമോ ഇവിടെ പന്നിക്കൂട്ടം ഞങ്ങളെ ഇവനിൽ നിന്ന് പറഞ്ഞു വിട്ടാൽ ഞങ്ങൾക്ക് എവിടെയെങ്കിലും വസിക്കണ്ടേ ആ പന്നികളിലേക്ക് ഞങ്ങൾ കടന്നുകൊള്ളട്ടെ പന്നിക്കൂട്ടം ഗഗരദേശത്തെ മനുഷ്യരെ അവരുടെ പ്രധാന തൊഴിൽ പന്നികളെ മേയ്ക്കുക എന്നുള്ളതാണ് പന്നികളെ വളർത്തുക അവരുടെ ഉപജീവനം അങ്ങനെയാണ് പാവപ്പെട്ട ആളുകൾ ഈ പന്നി കൂടുതലേക്ക് കടന്നുകൊള്ളട്ടെ എന്ന് ചോദിച്ചു യേശു സമ്മതിച്ചു ഇതെന്താണിത് ഇത്രയേറെ പന്നികൾ രണ്ടായിരത്തിലേറെ പന്നികളാണ് ഈ പന്നികൾ അതെല്ലാം ദുരാത്മാക്കൾ ബാധിച്ച എന്തായിരിക്കും സ്ഥിതി യേശു എന്താണ് അവ നശിക്കാൻ വിട്ടുകൊടുത്തത് കാരണമുണ്ട് എത്രയെത്ര മൃഗങ്ങൾ എത്രയെത്ര ജീവികൾ അത് ഈ ലോകത്തുണ്ടെങ്കിലും അതിനേക്കാളെല്ലാം വിലയേറിയത് ഒരു മനുഷ്യന്റെ ആത്മാവാണ് എന്ന് കരുണയുള്ള കർത്താവ് കാണുന്നു ഒരു മനുഷ്യാത്മാവിന്റെ വില ഒരു മനുഷ്യ ആത്മാവിന്റെ മൂല്യം സ്നേഹിതരെയും നിങ്ങൾ ഓരോരുത്തരും വിലയേറിയവരാണ് നിങ്ങളൊരു പക്ഷേ ഇന്ന് ഭൂതത്തിനിടം കൊടുത്തിട്ടുണ്ടാകും പ്രേതങ്ങൾക്ക് ബലി കഴിക്കുന്നുണ്ടാകും പല തിന്മകൾക്കും നിങ്ങൾ കൂട്ടു കുട്ടിച്ചാത്തൻ സേവയ്ക്ക് നിങ്ങൾ പോയിട്ടുണ്ടാകും നിങ്ങൾ പല വൈശാചിക ശക്തികൾക്കും വിധേയപ്പെട്ടിട്ടുണ്ടാകും നിങ്ങൾ ചില ജാതക ദോഷങ്ങളോ അതല്ലെങ്കിൽ ചില ആഭിചാരദോഷങ്ങളോ മന്ത്രവാദ ദോഷങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ വിട്ടുകൊടുത്തിട്ടുണ്ടാകും ഒന്നും ദോഷമാണെന്ന് അറിഞ്ഞിട്ടല്ല ചില പ്രയാസങ്ങൾ വന്നപ്പോൾ മന്ത്രവാദം ജയിച്ചു നോക്കിക്കാണും ചില ദുരിതങ്ങൾ വന്നപ്പോൾ ചില കെടുതികൾ വന്നപ്പോൾ ഒരുപക്ഷെ വല്ല വല്ല മന്ത്രവാദികളും ഏലസ തന്ന് പൂജിച്ചു തന്ന് അത് നിങ്ങളുടെ അരയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലോ കെട്ടിക്കാണും പ്രിയപ്പെട്ടവരെ ഇതെല്ലാം ശാപമാണെന്നോ ഇതെല്ലാം ബാധയാകുമെന്നോ ഒന്നും അറിഞ്ഞുകൊണ്ടല്ല നിങ്ങൾ ചെയ്തത് അങ്ങനെയുള്ളതായി അപകടങ്ങൾ സംഭവിച്ച അനേകം അനേകം ആളുകൾ ലോകത്തുണ്ട് എന്റെ സഹോദരങ്ങളെ കേൾക്കൂ ഈ മനുഷ്യൻ അവൻ എന്താണ് അവൻ പറഞ്ഞു ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കാമോ യേശു അനുവദിച്ചു പന്നികളിലേക്ക് ദുരാത്മാക്കൾ ചെന്ന് കയറിയപ്പോൾ പന്നിക്കൂട്ടം ഓട്ടം തുടങ്ങി ഈ മനുഷ്യനെ വൈലന്റാക്കിക്കൊണ്ടിരുന്ന പന്നിക്കൂട്ടം അവരിതാ ഓട്ടം പിടിച്ചു വളരെ വേഗം ഓടി ഈ കടലിലേക്ക് പാഞ്ഞിയെന്ന് അതെല്ലാം വീർപ്പുമുട്ടിച്ചത്തു ഈ മനുഷ്യനിൽ നിന്നും ദുരാത്മാവ് പോയപ്പോഴേക്കും അവന്റെ അവന് ഒരു നഗ്നതാ ബോധമുണ്ടായി അയ്യോ ഞാൻ വസ്ത്രം ധരിച്ചിട്ടില്ലല്ലോ അതുവരെയും നഗ്നതാ ബോധമില്ല നഗ്നതാ ബോധമില്ല അയ്യോ ഞാൻ വസ്ത്രം ധരിച്ചിട്ടില്ലല്ലോ അവൻ വിഷമിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് ശിഷ്യന്മാര് കൊണ്ടുവന്ന് ഏതോ വസ്ത്രം കൊണ്ടുവന്ന് അവന് ഭാഗ്യം അവൻ യേശുനോട് പറഞ്ഞു ഭർത്താവേ ഇനി ഞാൻ നിന്റെ കൂടെ പോന്നു കൊള്ളട്ടെ വീട്ടിലേക്ക് അവന് പോകണമെന്നില്ല ഭാര്യയെ കാണണമെന്നില്ല മക്കളെ കാണണമെന്നില്ല നിന്റെ കൂടെ ഞാൻ പോന്നുകൊള്ളട്ടെ ഞാൻ നിന അനുഗമിച്ചു കൊള്ളട്ടെ വേണ്ട ഈ നാട്ടിൽ എനിക്കി കാല ഒക്കുകയില്ല ഈ നാട്ടിൽ എനിക്കിനി കടന്നു വരാൻ സാധിക്കുകയില്ല കാരണം അവരുടെ പന്നി നഷ്ടപ്പെട്ടതുകൊണ്ട് അവർക്ക് ഒരാത്മാവ് രക്ഷപ്പെടുന്നതിനേക്കാൾ അവർക്ക് പ്രയാസം പന്നി നഷ്ടപ്പെടുന്ന കാര്യമാണ് അവരുടെ വിഷയം അതുകൊണ്ട് അവരെന്നെ ഈ നാട്ടിൽ നിർത്തുകയില്ല അതുകൊണ്ട് ഞാൻ പോകുമ്പോൾ ഇവിടെ യേശു നിനക്ക് ചെയ്തതെന്ത് എന്ന് പറയാൻ നീ ഈ നാട്ടിലുണ്ടായിരിക്കണം ദൈവന്തം പുരൻ നിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു എന്ന് നീ ഈ ജനത്തെ അറിയിക്കുവാൻ നീ ഈ നാട്ടിലുണ്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ ഭർത്താവ് നടന്നു നീങ്ങി ഇവൻ പയ്യെ പയ്യെ വീട്ടിലേക്ക് പോയി അവൻ വീട്ടിലേക്ക് ചെന്നു മനോഹരമായൊരു ഭാവന നിങ്ങളുടെ മുമ്പിൽ പറയട്ടെ തെറ്റില്ലാത്തൊരു ഭാവന പറയട്ടെ അവൻ വീട്ടിലേക്ക് ചെന്നു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ പെട്ടെന്നുതാ വാതിലെല്ലാം കൊട്ടി അടയ്ക്കുന്നു ഇവൻ മരുന്ന് ദൂരെ നിന്ന് കണ്ടപ്പോഴേക്കും പിള്ളേരകത്ത് കയറി ഒളിച്ചു ചിലരെ കട്ടിൽ കീഴിൽ ഒളിച്ചു പാവം ഭാര്യ ആ സ്ത്രീയെല്ലാം വാതിലെല്ലാം തഴുതിട്ട് കുറ്റിയിട്ട് എല്ലാം ഉറപ്പിച്ച് അവൾ അകത്തിങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് പിള്ളേര് പറയുന്നുണ്ട് പയ്യെ പയ്യെ പറയുന്നുണ്ട് അമ്മയെ തുറക്കല്ലേ തുറക്കല്ലേ കൊല്ലും ഞങ്ങളെ ഉപദ്രവിക്കും അമ്മയേയും തല്ലും അയ്യോ തുറക്കല്ലേ പ്രിയപ്പെട്ടവരെ എന്തുണ്ടായി ഇവൻ വാതുക്കൽ മുട്ടി തുറക്കുന്നില്ല ചുറ്റി നടന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ പേര് പറയുന്നു പിള്ളേരുടെ പേര് പറയുന്നു അപ്പൊ അവൾക്കൊരു സംശയം എങ്ങനെ എന്റെ പേരൊക്കെ പറയാൻ പറ്റി അപ്പോൾ സുബോധം കിട്ടിയായിരിക്കുമോ എന്താണിങ്ങനെ പയ്യെ ജനലിലൊന്ന് പയ്യെ തുറന്നു നോക്കി ജനല് പയ്യെ തുറന്നു നോക്കി അങ്ങനെയൊന്നും പൈവിളില്ല കേട്ടോ ജനല് പയ്യെ തുറന്നിട്ട് ഒന്ന് ഒളിഞ്ഞു നോക്കി ഉണ്ട് വസ്ത്രം ധരിച്ചിട്ടുണ്ട് ഇതിനു മുൻപ് വരുമ്പോഴെല്ലാം വസ്ത്രം ധരിക്കാതെ യാതൊരു നഗ്നത ബോധവുമില്ലാതെ ഏതാണ്ടൊരു ഭീകര പൂർത്തിയായി വന്നുകൊണ്ടിരുന്ന മനുഷ്യൻ ഇന്ന് ശാന്തനായി വന്നിരിക്കുന്നു വസ്ത്രം ധരിച്ചിട്ടുണ്ട് ഇവൾ വാതിൽ തുറക്കാൻ തുടങ്ങിയപ്പോൾ പിള്ളേർ അയ്യോ അയ്യോ അത് സൂത്രമാണ് നമുക്ക് നമ്മളെ കബളിപ്പിക്കാൻ അകത്ത് കയറാനുള്ള സൂത്രമാണ് എന്റെ അമ്മയെ തുറക്കല്ലേ എന്റെ മക്കളെ തുറക്കട്ടെ മക്കളെ തുറക്കട്ടെ ഉപദ്രവിക്കുന്നെങ്കിൽ ഉപദ്രവിക്കട്ടെ ആ സ്ത്രീ ധൈര്യമായി വാതിൽ തുറന്നു എന്തോ ഒരു എന്തോ ഒരു സ്വസ്ഥത ആ മുഖത്ത് എന്തോരു വ്യത്യാസം ഭൂതാത്മാക്കൾ വിട്ടുപോയില്ലേ ദുരാത്മാക്കൾ വിട്ടുപോയില്ലേ എന്റെ സ്നേഹിതരെ കേൾക്കൂ ഈ സ്ത്രീവാതിൽ തുറന്ന പാടെ ഇവനകത്ത് വന്നു ആ സ്ത്രീയുടെ കാൽക്കലങ്ങ് വീണു അയ്യോ ഞാൻ നിന്നെ വളരെ വേദനിപ്പിച്ചുപോയി ഞാൻ നിന്നെ വളരെ ദുഃഖരയിപ്പിച്ചുപോയി ഞാൻ നിന്നെ വളരെ ദുഃഖിപ്പിച്ചുപോയി എന്നോട് ക്ഷമിക്കണം എന്റെ അകത്ത് ദുർഭൂതങ്ങളായിരുന്നു എന്റെ അകത്ത് ദുരാത്മാക്കളായിരുന്നു എനിക്ക് സ്വസ്ഥതയില്ലായിരുന്നു നീ എന്നോ ക്ഷമിക്കണം ആ സ്ത്രീ പൊട്ടിപ്പൊട്ടി കരഞ്ഞു ആ മനുഷ്യനും കരഞ്ഞു അപ്പോഴുണ്ട് പിള്ളേരെല്ലാം കട്ടിൽ കീഴെന്ന് എഴുന്നേറ്റ് വരുന്നു അവരും വന്നു അപ്പനവരെ പുണർന്ന് ഉമ്മ വെച്ചു കുഞ്ഞുങ്ങൾക്ക് ആശ്വാസം അമ്മയ്ക്കാശ്വാസം അപ്പനും ആശ്വാസം കുടുംബമാകെ സന്തോഷം ബാധ മാറി ദൈവത്തിന് സ്തോത്രം നിങ്ങളോടെ ആശ പറയട്ടെ നിങ്ങൾ ഈ രാത്രി തിരികെ പോയിട്ട് ഭൂതാത്മാക്കളോട് യാത്ര പറഞ്ഞിട്ട് പോയിട്ട് നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ശാന്തതയുള്ള മനുഷ്യനായി നിങ്ങളെ കാണാൻ ഇടവരട്ടെ പഴയയാളല്ല പഴയ ദുസ്വഭാവമുള്ള വ്യക്തിയല്ല പഴയ തിന്മയുള്ള ആളല്ല ആള് മാറിയിരിക്കുന്നു പഴയ കാഴ്ചപ്പാട് മാറിയിരിക്കുന്നു പഴയ ചിന്താഗതി മാറിയിരിക്കുന്നു കാരണം ദുരാത്മാക്കൾ വിട്ടുപോയിരിക്കുന്നു എന്റെ ദൈവത്തിന് സ്തോത്രം നൂറ്റാണ്ടുകൾക്ക് മുൻപ് വലിയില്ലാതെ നാടുകളിൽ നിന്നുകൊണ്ട് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു എന്ന് പറഞ്ഞ കരുണയുള്ള കർത്താവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി എന്റെ ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ നിങ്ങളോട് പറയട്ടെ നിങ്ങളിപ്പോൾ യേശിവനെ വിശ്വസിക്കുമെങ്കിൽ നിങ്ങളിൽ നിന്ന് ദുർഭൂതങ്ങൾ വിട്ടുപോകും കോവപ്പിശാചുക്കൾ വിട്ടുപോകും ക്രോധ പിശാചികൾ വിട്ടുപോകും വ്യഭിചാര പിശാചികൾ വിട്ടുപോകും എല്ലാ ദുർബാധകൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോകും എല്ലാ കുടുംബശാപങ്ങളും നീങ്ങിപ്പോകും നിങ്ങളുടെ മേലിൽ നിന്ന് പല രോഗബാധകളും മാറിപ്പോകും പല കേടുകൾ നിങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകും പല പ്രശ്നങ്ങളും നിങ്ങളിൽ നിന്ന് മാറിപ്പോകും കരുണയുള്ള കർത്താവ് ബാധകളെ അകറ്റുന്നവനാണ് അവൻ രമൺസിന്റെ ബാധ മാറ്റുന്നവനാണ് എല്ലാ ദുരാത്മ ഭീതിയെയും അകറ്റുന്നവനാണ് അവൻ കരുണയുള്ള ക്രിസ്തു അവൻ ജീവനുള്ള ക്രിസ്തു അവൻ സർവ്വവല്ലഭനായ ക്രിസ്തു അവൻ ജീവിക്കുന്ന ക്രിസ്തു സ്നേഹിതരെ അവൻ എന്തുകൊണ്ടാണ് ഈ എങ്ങനെയാണ് ദുരാത്മാക്കളെ ജയിച്ചത് അവൻ കുരിശിന്മേൽ മൂന്നാണികളിൽ തൂങ്ങി കുരിശിന്മേൽ തൂങ്ങിയപ്പോൾ അവൻ പാമ്പിന്റെ തല ചതച്ചു സ്നേഹിതരെ കേൾക്കൂ അവൻ കുരിശിന്മേൽ തൂങ്ങിയപ്പോൾ പിശാചിന്റെ തല ചതച്ചു ഏതെന്തോട്ടതിൽ വന്ന് കലക്കം പിശാചിന്റെ തല കരുണയുള്ള കർത്താവ് കുറുസിന്മേൽ ചതച്ചു കർത്താവിന്റെ കൈകൾ ആണിയടിച്ച് തകർന്നു കർത്താവിന്റെ കാലുകൾ ആണിയടിച്ച് ചേർത്തു കുരിശിനോട് കർത്താവിന്റെ ചങ്കിലേക്ക് കുന്നം കൊണ്ട് ആഞ്ഞുകുത്തി കർത്താവിന്റെ മുഖത്ത് ഒരു തുപ്പി കർത്താവിന്റെ കവിളത്തിന് രോഗങ്ങൾ പിഴുതു പിഴുതു അലിച്ചെടുത്തു കരുണിയുള്ള കർത്താവിന്റെ ശരീരത്തിൽ മുൾമുടി വെച്ചു പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ പുറത്തേക്ക് ചാട്ടുപാറുകൊണ്ട് ആഞ്ഞാഞ്ഞടിച്ചു ഓരോ അടിപ്പിണരും നമുക്ക് സൌഖ്യത്തിനാണ് നമ്മുടെ ബന്ധനം അകറ്റാനാണ് നമ്മുടെ ബാധ തീർക്കാനാണ് ഓരോ അടിവേറ്റപ്പോൾ യേശുക് സഹിച്ചതായ ആ ത്യാഗമരണം കൊണ്ട് ദൈവ വൈതലേദീ വിശ്വസിക്കൂ നമ്മുടെ പാപങ്ങൾ മാറിയിരിക്കുകയാണ് നമ്മുടെ ശാപങ്ങൾ നീങ്ങിയിരിക്കുകയാണ് നമ്മുടെ ബാധകൾ നീങ്ങിയിരിക്കുകയാണ് നമ്മുടെ കെടുതികൾ മാറിയിരിക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം ഈ രാത്രി നിങ്ങൾക്ക് നിങ്ങളുടെ അരികത്ത് വന്ന് ബാധ മാറ്റുവാൻ കര ക്രിസ്തുവിനെ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ മുൻപിൽ വന്ന് നിങ്ങളുടെ കെഞ്ചുന്ന ക്രിസ്തുവിനെ നിങ്ങൾക്ക് കാണാം മകളെ ഇനി ബാധ കൊണ്ട് നീ വീട്ടിലേക്ക് പോകണ്ട നിന്റെ വാശി കൊണ്ടും വൈരാഗ്യം കൊണ്ടും വഴക്ക് നിന്റെ കൊള്ളിദാത്ത സ്വഭാവം കൊണ്ടും കോപശീലം കൊണ്ടും ഇനിയും നീ വീട്ടിലേക്ക് പോകണ്ട നീ ഒരു പുതിയ മനുഷ്യനായി പോയിക്കൊള്ളൂ നിന്നെ ഞാൻ പുതുക്കാമെന്നാണ് കർത്താവ് പറയുന്നത് നിനക്ക് ഞാൻ പുതിയ അനുഭവം തരാമെന്നാണ് കർത്താവ് പറയുന്നത് പുതിയ സൃഷ്ടിയായി ഇതിന് രൂപാന്തരപ്പെടുത്താമെന്നാണ് യേശു ക്രിസ്തുവിനുക്ക് വാക്ക് തരുന്നത് കാരണം ഇവിടെ കർത്താവ് ഈ രാത്രി നിങ്ങളെ സമീപിക്കുകയാണ് നിങ്ങളുടെ അരികത്തൂടെ ർത്താവ് നടക്കുകയാണ് നിങ്ങളോട് കർത്താവ് ഹൃദ്യമായി ഇടപെടുകയാണ് ജീവനുള്ള ക്രിസ്തു യഹോവായി സ്ഥലത്തുണ്ട് അറിഞ്ഞില്ല യഹോവായി സ്ഥലത്തുണ്ട് നിങ്ങളെ തേടി വന്നിരിക്കുന്ന ഈ നല്ല സമയം നിങ്ങൾ കളയരുതേ ക്രിസ്തു നിങ്ങളുടെ ബാധകൾ മാറ്റുവാൻ നിങ്ങളെ സമീപിക്കുന്ന ഈ അനുഗ്രഹീത നിമിഷങ്ങൾ നിങ്ങൾ വെറുതെ പാഴാക്കി കളയരുതേ സ്നേഹത്തിന്റെ ഉടയവനിതാ സമീപിക്കുന്നു നിങ്ങളോട് ഹൃദ്യമായി സംസാരിക്കുന്നു അവൻ നിങ്ങളുടെ നേരെ തന്റെ കരം നീട്ടുന്നു ആരെല്ലാം ഇത് വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നവര് അവിടെ ഇരുന്നുണ്ട് കർത്താവിനോട് പറയൂ കർത്താവെ എനിക്കൊട്ടേറെ ബാധയുണ്ടല്ലോ എന്റെ മേലൊട്ടേറെ ബാധയുണ്ടല്ലോ അവയവും അവയവും പ്രതി ചില ബാധകളുണ്ടല്ലോ കർത്താവെ അറിഞ്ഞുകൂടാ എന്റെ ഭാര്യക്ക് അറിഞ്ഞുകൂടാ എന്റെ ഭർത്താവിനറിഞ്ഞുകൂടാ ചില ബാധകൾ ഉണ്ടല്ലോ കർത്താവേ വേണ്ട വേണ്ടാ നീ വിചാരിച്ചിട്ടും വിട്ടുപോകാത്ത ചില ബാധകൾ ഉണ്ടല്ലോ കർത്താവേ എന്റെ ദൈവമേ ഇന്ന് രാത്രി നീ എന്നോട് മനസ്സറിയുമോ ഇന്ന് രാത്രി ഞാൻ ഒമ്പതര മണിക്ക് ഇവിടെ നെഴുനിൽക്കുന്നതിന് മുൻപ് എന്റെ മേൽ നിന്റെ കരം ഒന്ന് വെക്കുമോ ഈ ബാധയൊന്ന് മാറ്റിത്തരുമോ മദ്യവാഹനത്തിന്റെ ബാധ കഞ്ചാവിന്റെ ബാധ മയക്കുമരുന്നിന്റെ ബാധ എന്റെ കർത്താവെ എന്റെ ദൈവമേ ചരസിന്റെ ബാധ എന്റെ കർത്താവെ മരിയുവാനയുടെ ബാധ എന്റെ കരുണയുള്ള കർത്താവെ ഹാൻസിന്റെ ബാധ എന്റെ ജീവനുള്ള ദൈവമേ പാൻപരാഗിന്റെ ബാധ എന്റെ കർത്താവെ ദുശീലങ്ങളുടെ ബാധ ദുസ്വഭാവത്തിന്റെ ബാധ ദുഷ്ടതയുടെ ബാധ ക്രൂരതയുടെ ബാധ എന്റെ ജീവനുള്ള ദൈവമേ അവിശ്വാസത്തിന്റെ ബാധ എന്തെല്ലാം കണ്ടാലും വിശ്വസിക്കാത്ത അവിശ്വാസത്തിന്റെ ഭീകരബാധ എന്നെ അലട്ടുന്ന ർത്താവേ ഇതെല്ലാം മാറ്റിത്തരണമേ എന്നെ ഈ ബാധകളെന്ന് ഒഴിവാക്കി പൈശാലിക സേനകളെ വിധ്വംസിച്ച് അകറ്റണമേ എനിക്ക് നല്ലോരു നല്ല കാലം തരണമേ കഴിഞ്ഞ ദിവസം പാടിയ പാട്ട് നോക്ക് ചേർന്ന് പാടാം ആഹ്വാനോ ചെയ്യും ൈശര്യങ്ങളും മാസാദ്യ ശ്രീവായുടേ ഊഷ്മായാം ശിത്യുതൃഷ്ട ആർദയേ ഭാത്ത കൊണ്ടേ ുഷ്ടനെ വിധ്വംസിച്ച് മാറ്റും ദൈവത്തിന് സ്തോത്രം ഈ ജയമുള്ള സ്ത്രീവ ആയിൽ നിങ്ങളെ ആശ്രയിക്കുമെങ്കിൽ ഈ ദുഷ്ടൻ നിങ്ങൾ മാറിപ്പോകും എന്റെ കരുണിയുള്ള കർത്താവിന് സ്തോത്രം ഞാന് വചനം പറയാൻ എഴുന്നേൽക്കുമ്പോഴെല്ലാം എല്ലാം ഞാൻ ദൈവത്തോട് പറയും കർത്താവേ നിന്റെ തിരക്തം എന്റെ ചുണ്ടിൽ മേൽപൊരട്ടി എഴുന്നേൽപ്പിക്കണമേ ഹാലോ ലോഹിയ എന്റെ കർത്താവേ നിന്റെ ജയമുള്ള സ്ത്രീവ ചുംബിച്ചു എഴുന്നേൽക്കാൻ എനിക്ക് ഭാഗ്യം തരണമേ കരുണയുള്ള കർത്താവെ നിന്റെ ആണിപ്പാടുള്ള കരം എന്റെ സിരസിൽ വെച്ചുകൊണ്ട് എനിക്ക് എഴുന്നേറ്റ നിൽക്കാൻ ഭാഗ്യം തരണമേ കർത്താവെ ജീവനുള്ള ദൈവമേ നിന്റെ നാമം എന്നെ നെറ്റിയിൽ എഴുതി എന്നെ എഴുന്നേൽപ്പിക്കണമേ നിന്റെ വചനം എന്റെ നാവിന്മേൽ വരച്ച് എന്നെഴുന്നേൽപ്പിക്കണമേ ദൈവത്തിന് സ്തോത്രം സ്വർഗ്ഗത്തിന്റെ തീക്കനൽ എന്റെ ചുണ്ടിമേൽ തൊടുവിച്ചെഴുന്നേൽപ്പിക്കണമേ ഇതെല്ലാം പ്രാർത്ഥിക്കുക എന്തിനാണെന്നറിയാമോ എന്റെ കർത്താവിന്റെ സാന്നിധ്യത്തിൽ കർത്താവിന്റെ തിരുവിലാവിൽ മറഞ്ഞുകൊണ്ട് എനിക്ക് എന്റെ യേശുവിന്റെ വേല ചെയ്യണം എനിക്കെന്റെ യേശുവിൻറെ പാദസേവ ചെയ്യണം എന്നിട്ട് എന്നെങ്ങനെ അങ്ങനെ തന്നെ എന്റെ കാലം തേക്കണം ഹാർ ലൂഹിയ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം വകുത്തുപോയിട്ട് ശ്രീഭായയുടെ റൂസ്മായാൽ പിശാചിനെ വിധ്വംസി ചകറ്റും എല്ലാ ഡെമൺസും മാറട്ടെ ദൈവത്തിന്റെ സ്തോത്രം ഡെമൺസ് മാറാൻ നിങ്ങൾ തീരുമാനമെടുത്തോ ഇനി ഡെമൺസിന്റെ കൂടെ പോകില്ല ഈ പിശാചികളുടെ കൂടെ പോകില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചോ ഇനി ദുഷ്ടശക്തിയുടെ അടിമയായി തീരില്ല എന്ന് നിങ്ങൾ തീരുമാനമെടുത്തോ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ തീരുമാനം വന്നുവോ എങ്കിൽ നിങ്ങൾ ഭാഗ്യശാലികൾ ഞാൻ പറയും ഇപ്പോൾ നിങ്ങളെ കൈവെക്കാൻ പറയുന്നില്ല എന്നാൽ നിങ്ങളുടെ തീരുമാന ഹൃദയത്തിൽ അരക്കിട്ട് ഉറപ്പിക്കുക നിങ്ങൾ തീരുമാനം പുതുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇനിമേ ഞാൻ പിശാദിനിടം കൊടുക്കുകയില്ല ഇനി മേൽപിശാദിനിടം കൊടുക്കുകയില്ല ഇനിമേൽ സാധാന്യ ശക്തിക്ക് എന്റെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കുകയില്ല ദുസ്സംശയങ്ങൾക്ക് അവിശ്വാസങ്ങൾക്ക് അക്രമങ്ങൾക്ക് കൊള്ളരിലായ്മകൾക്ക് അഴുക്ക് ബന്ധങ്ങൾക്ക് മോഷണത്തിന് കവർച്ചയ്ക്ക് വാടക കൊലയ്ക്ക് കൂലിത്തല്ലിന് കഞ്ചാവിന് മദ്യത്തിന് എന്റെ ഇടം കെട്ടുക ഇല്ല കർത്താവേ ഞാനിതാ സുബോധമുള്ള നൈത്തീരുവാൻ നിന്റെ കരങ്ങളിലേക്ക് എന്നെ ഏൽപ്പിച്ചു തരികയാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ബുദ്ധിരാത്മാക്കൾ വിട്ടുപോകട്ടെ ദൈവത്തിന്റെ സ്ത്രോത്രം ഒന്ന് ഡേഞ്ചർ രണ്ട് ഡെമൺസ് രണ്ട് ബാധകൾ അപകടത്തിന്റെ ബാധയും പിശാചുകളുടെ ബാധയും മൂന്ന് ഡിസീസ് രോഗത്തിന്റെ ബാധ രോഗം പന്ത്രണ്ട് കൊല്ലമായി രക്തപാർച്ചയുള്ള സ്ത്രീ അത് ഇനിയിപ്പോൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്കെല്ലാം അറിയാം പന്ത്രണ്ട് കൊല്ലം രക്തപാർച്ച ബ്ലീഡിങ് പന്ത്രണ്ട് കൊല്ലം ബ്ലീഡിങ്ങോ അപ്പൊ ആ ശരീരം എങ്ങനെയായിരിക്കും മെലിഞ്ഞുണങ്ങി എല്ലും തോലുമായി ആ സ്ത്രീ ചികിത്സിച്ചില്ലേ പൂവല്ലോ ചികിത്സിച്ചല്ലോ ഇഷ്ടംപോലെ ചികിത്സിച്ചു പല ഡോക്ടേഴ്സിനെ കണ്ടു പല വൈദ്യന്മാരാരും ഏറിയോന്ന് സഹിച്ചു സഹിച്ചു എന്ന് പറഞ്ഞത് രോഗം എടുത്ത് മാത്രമല്ല എന്തൊരു കഷ്ടപ്പാടായിരുന്നു ഏതെല്ലാം മരുന്നുകളായിരുന്നു എന്തെല്ലാം ചികിത്സകളായിരുന്നു ഞാൻ ഓർക്കുന്നു എന്റെ ചെറുപ്പത്തിൽ എന്റെ അമ്മയ്ക്ക് രോഗം എന്റെ പെങ്ങൾക്ക് രോഗം എനിക്ക് രോഗം ഞങ്ങൾ മൂന്നുപേരും വീട്ടിൽ മൂന്നുപേരും കൊണ്ടുവന്ന് മൂന്നു പേർക്കും രോഗം മൂന്ന് പേർക്കും രോഗം അപ്പൊ അന്ന് ഇതുപോലുള്ള ഈ ഈ അലോപ്പതി ഈ ഇംഗ്ലീഷ് മരുന്നുകളുടെ ചികിത്സയൊന്നും നാട്ടിലില്ല മൂവാറ്റുപുഴ ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട് എറണാകുളത്ത് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട് അത്രക്കേ ഉള്ളൂ ഈ പ്രദേശത്ത് ഹോസ്പിറ്റൽസ് ഇല്ല എന്റെ കൊച്ചുകുട്ടിയായിരുന്ന കാലത്താണ് കേൾക്കൂ പ്രിയപ്പെട്ടവരെ സംഭവിച്ചത് എന്താ കേൾക്കണോ അന്ന് ഈ നാട്ടുവൈദ്യമാരെ കാണും ആയുർവേദ വൈദ്യമാരെ കാണും കണ്ടു അപ്പോൾ കുഴമ്പ് കഷായം എണ്ണ പിന്നെന്താ അതിന് മേമ്പൊടിക്കുക പ്രത്യേകിച്ച് സാധനങ്ങൾ എന്തല്ല എന്തല്ല മരുന്ന് കടയിൽ നിന്ന് മേടിക്കുന്ന അങ്ങാടി മരുന്നുണ്ട് പച്ചമരുന്ന് അവിടെ പറമ്പിലെല്ലാം നടന്ന് നമ്മുടെ പറമ്പിലില്ലാത്ത മറ്റു പറമ്പുകളിലൊക്കെ പോയി അമ്മ പറിച്ചുകൊണ്ടുവരും എല്ലാം ഇങ്ങനെ കഷ്ടപ്പെട്ട് നടന്ന് ഈ മരുന്നെല്ലാം ശേഖരിക്കും ഒന്ന് ശേഖരിച്ചാൽ മതിയോ ഇത് ഒന്നു കൊന്നരാടം ഇത് വീണ്ടും കഷായമൊക്കെ വെക്കണം എല്ലാം വെക്കണം എന്തൊരു കഷ്ടപ്പാട് ഈ ഏറിയോന്ന് സഹിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ അമ്മയുടെ കാര്യം ഓർക്കുന്നത് ഏറിയോന്ന് സഹിച്ചു ചികിത്സകൾക്ക് വേണ്ടി ഏറിയോന്ന് സഹിച്ചു ദൈവത്തിന്റെ സ്തോത്രം എന്നാൽ പതിനേഴാമത്തെ വയസ്സിൽ ഞാൻ മാനസാന്തരപ്പെട്ടതോടുകൂടി ഈ രോഗം എവിടെ പോയി എന്ന് കണ്ടില്ല രോഗം എവിടെ പോയി എന്ന് കണ്ടില്ല എവിടെ പോയി പ്രത്യേകിച്ച് മരുന്നൊന്നും ചെയ്തില്ല പ്രത്യേകിച്ച് ചികിത്സയൊന്നും ചെയ്തില്ല കരുണയുള്ള കർത്താവ് അകത്ത് വന്നപ്പോൾ രോഗങ്ങളുടെ ബാധകൾ മാറി പന്ത്രണ്ട് കൊല്ലം രക്തവാർച്ച സ്ത്രീ അവൾ യേശുവിന്റെ വസ്ത്രത്തിന് തൊങ്ങൽ തൊട്ടു അവൾക്ക് സൌഖ്യം കിട്ടി അവളുടെ ശരീരത്തിൽ കൂടി ഒരു ശക്തി പ്രസരിക്കുന്നത് അവൾ അറിഞ്ഞു യേശുവിന്റെ തിരുവസ്ത്രത്തിന്റെ ആ തൊങ്ങലൊന്നും തൊട്ടയുള്ളൂ അവളുടെ മേ ശക്തി പകർന്നു അവളുടെ ബാധ മാറി അതുകൊണ്ടാണ് കർത്താവളോട് പറഞ്ഞത് മകളെ നിന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്നെ തൊട്ടതാര് എന്ന ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ചുള്ളതായ വിശദമായ വർണ്ണനകളുണ്ട് അതുകൊണ്ട് ഇന്ന് സമയം അനുവദിക്കാത്തതുകൊണ്ട് ഞാനിപ്പോൾ അത് വിവരിക്കാൻ തുടങ്ങുന്നില്ല അതെന്താണ് ഡെത് മരണത്തിന്റെ ബാധ ഒന്ന് ഡെയിഞ്ചർ ബാധമാറ്റി അപകടം ബാധമാറ്റി കൊടുങ്കാറ്റിന്റെയും ചുഴലിക്കാറ്റിന്റെയും കടലോളങ്ങളുടെയും ബാധ മാറ്റി രണ്ട് ഡെമൺസ് പിശാചികളുടെ ബാധ മാറ്റി മൂന്ന് ഡിസീസ് രോഗത്തിന്റെ ബാധ മാറ്റി നാല് ഡെത്ത് മരണത്തിന്റെ ബാധ മാറ്റി മരണത്തിന്റെ ബാധ ഈ സ്ത്രീ പന്ത്രണ്ട് കൊല്ലമായി രക്തവാർച്ചയുള്ള സ്ത്രീയാണ് എന്നാൽ പന്ത്രണ്ട് കൊല്ലമായി പ്രായമായി പന്ത്രണ്ട് വയസ്സായി പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ മരണബാധയാണ് കർത്താവ് മാറ്റിയത് പന്ത്രണ്ട് കൊല്ലം രക്തവാർച്ചയുള്ള സ്ത്രീക്ക് രോഗസൌഖ്യം കൊടുത്തു ഈ ഈ പെൺകുട്ടിയോ ഐറോസിന്റെ മകൾ പള്ളിപ്രമാണിയുടെ മകൾ അവൾ മരിച്ചു കിടക്കുന്നു പള്ളിപ്രമാണി അവൾ മരിക്കുന്നതിന് മുൻപ് യേശുവിന് വിളിക്കാൻ വന്നതാണ് കർത്താവം കൊണ്ട് നടന്നതുമാണ് പക്ഷെ അവിടെ എത്തുന്നതിന് മുൻപ് അവൾ മരിച്ചുപോയി കുഞ്ഞു മരിച്ചുപോയി എന്ന് വീട്ടിൽ നിറങ്ങി പീട്ടി പ്രിയപ്പെട്ടവരെ യേശു അങ്ങോട്ട് നടക്കുകയാണ് വീട്ടിലേക്ക് പള്ളിപ്രമാണിയുടെ അടുക്കൽ വന്നയാൾ പറഞ്ഞു ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട കുട്ടി മരിച്ചുപോയി ഇവന്തിനാ യേശു അമ്പം വരുന്നത് യേശുവിനെ അങ്ങോട്ട് വരുത്തണമെന്നില്ല കുട്ടി മരിച്ചു കഴിഞ്ഞു വരുത്തണമെന്നില്ല ഈ ആയി റോസ് ഒന്നും മിണ്ടാനാവാതെ വിഷമിച്ചു നിക്കിയ കർത്താവ് പറഞ്ഞു ഭയപ്പെടണ്ട ഭയപ്പെടണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ത് വിശ്വസിക്കാനാ എന്താ ഈ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം ഭയപ്പാട് വരാതിരിക്കുവോ ഒരേ ഒരു കൊച്ച് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി ആ കുട്ടിയാണ് മരിച്ചു കിടക്കുന്നത് എങ്ങനെ സഹിക്കും അപ്പോഴ് യേശു പറയുന്നു ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എങ്കിലും ഈ പള്ളി പ്രമാണി ആ കൂടെ നടന്നു മുമ്പ് യേശുന് മുമ്പേ നടന്നിരുന്ന യാൈ റോസ് ഇപ്പോൾ തെല്ലിപ്പിറയിലാണ് നടക്കുന്നത് നടന്നിട്ട് നീങ്ങുന്നില്ല മനസ്സ് നിറയേ അങ് വേദന തിങ്ങുന്നു മോള് മരിച്ചു കിടക്കുന്നു യേശുനെ കൂട്ടിക്കൊണ്ടുവരാൻ ചെന്നതാണ് പക്ഷെ യേശു എല്ലിതിനു മരിച്ചു കഴിഞ്ഞിരിക്കുന്നു സങ്കട നടന്നു വീട്ടിലെത്തി നമുക്ക് ഭാഗം വായിക്കാം മുപ്പത്തിയഞ്ചാം വാക്കി മുതൽ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു നിന്റെ മകൾ മരിച്ചുപോയി ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞു യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട വിശ്വസിക്ക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു പത്രോസും യാക്കോവും യാക്കോവിന്റെ സഹോദരനായ യോഹന്നാനും അല്ലാതെ മറ്റാരും തന്നോടുകൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല കർത്താവിന്റെ കൂടെ തന്നെ പ്രിയപ്പെട്ട ശിഷ്യമാരെ മൂന്നുപേരെ മാത്രം കർത്താവ് കൊണ്ടുപോയി അവിടെ ചെന്നു അപ്പോൾ യേശു നോക്കുമ്പോഴുണ്ട് ആളുകളിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു അനേകം ആളുകളിരുന്ന് കരയുന്നു കരയാനുള്ളതായി ആളുകൾ കാരണം വീട്ടുകാർ മാത്രമല്ല കരയാന് തന്നെയെന്ന് ആരെങ്കിലും മരിച്ചാൽ കരയുക എന്നുള്ള ആ ഒരു ശുശ്രൂഷ ചെയ്യാൻ അതിനും ആളുകൾ വരും കരയാനുള്ള ആളുകൾ അവർക്ക് ദുഃഖം അവർ കരയുന്നവരാണ് കരയുന്നതിനു വേണ്ടി ഇങ്ങനെ ശവസംസ്കാര ദിവസം കരയാൻ വേണ്ടി തന്നെ ജോലി ഏറ്റെടുക്കുന്ന ആളുകളുണ്ട് അവരിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു എണ്ണിപ്പിറക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ കുട്ടിയുടെ അമ്മയും കുട്ടിയുടെ വീട്ടിലുള്ളവരും ചുറ്റുപാടുമുള്ളവരുമെല്ലാം വളരെ സങ്കടത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് യേശു ചെന്നു പറഞ്ഞു കാര്യം നിങ്ങൾ നിങ്ങൾ സംശയിക്കേണ്ട ഈ കുട്ടി ഉറങ്ങുകയാണ് മരിച്ചിട്ടില്ല അവരിങ്ങനെ പരസ്പര മുഖത്തോട് മുഖം നോക്കി കുട്ടി മരിച്ചിട്ടില്ല ഉറങ്ങുന്നത്രേ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് യേശുവിനെ കുറിച്ചൊരു മതിപ്പ് കേടാണ് ഉണ്ടായത് ഇതുപോലും അറിയാൻ വയ്യാത്ത ഒരാളാണ് മരിച്ചു കിടക്കുന്ന കുട്ടിയെക്കുറിച്ച് ഉറങ്ങുകയാണെന്ന് പറയാനുള്ള വിവരമേ യേശുവിനുള്ളൂ അപ്പോൾ നമ്മുടെ പുരോഹിതന്മാരൊക്കെ പറയുന്നത് ശരിയാണ് മഹാപ്രോഹിന്മാർ പറയുന്നത് ശരിയാണ് ഈ യേശു പള്ളിയെയും അനുസരിക്കുന്നില്ല സഭയെ അനുസരിക്കുന്നില്ല ന്യായപ്രമ കൽപ്പന അനുസരിക്കുന്നില്ല സഭയുടെ വിതാക്കന്മാരെയും അനുസരിക്കുന്നില്ല ഈ യേശു ഒരു ശല്യക്കാരനാണ് എന്താ ഒരു വിവരവും കെട്ട മനുഷ്യൻ ഒരു വിവരവുമില്ല മരിച്ചു കിടക്കുന്ന കുട്ടിയെ കണ്ടിട്ട് ഉറങ്ങുകയാണെന്നല്ലേ പറഞ്ഞത് ഈ പരിഹാസവും ആക്ഷേപവും പുച്ഛവുമെല്ലാം അവരിങ്ങനെ പയ്യെ പയ്യെ പ്രകൃതി യേശു അതും നോക്കാതെ നേരെയകത്തേക്ക് കടന്നു എന്റെ ദൈവത്തിന് സ്ത്രോത്രം പ്രിയപ്പെട്ടവരെ പരിഹസിക്കുന്നവടെ പരിഹാസത്തിലേക്ക് അയച്ച് നോക്കിയില്ല യേശുവിന് അർജന്റായിട്ട് പ്രവർത്തിക്കാനുണ്ട് മുറിക്കകത്തേക്ക് ചെന്നു കട്ടിലിൽ കുട്ടി മരിച്ചു കിടക്കുന്നു പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി അങ്ങനെ മരിച്ച് അങ്ങനെ വെറുങ്ങലിച്ച് കിടക്കുന്നു അപ്പനത് കണ്ടപാടെ അപ്പൻറെ ചങ്കലച്ചുപോയി അമ്മ വിതുമ്പി വിതുമ്പി കരഞ്ഞു അപ്പനും അമ്മയും മാത്രം അകത്ത് സമ്മതിച്ചിട്ടുണ്ട് ശിഷ്യന്മാരെ പത്രോസിയാക്കോ യോഹന്നാൻ മാത്രം അകത്ത് വന്നിട്ടുണ്ട് കർത്താവ് അടുക്കൽ ചെന്നു നമുക്ക് വായിക്കാം കുട്ടി മരിച്ചിട്ടില്ല ഉറങ്ങുന്നത്രേ എന്ന് അവരോട് പറഞ്ഞു അവരോ അവനെ പരിഹസിച്ചു നാൽപ്പതാം വാക്യം അവനെല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോടു കൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന കുട്ടിയുടെ കൈക്ക് പിടിച്ചു ഈ ശവശരീരത്തിന്റെ കൈക്ക് യേശു പിടിച്ചു കുട്ടിയുടെ കൈക്ക് പിടിച്ചു ബാലേ എഴുന്നേൽക്ക നിന്നോട് കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തോടെ എന്ന അവളോട് പറഞ്ഞു ഭർത്താവ് പറഞ്ഞു ബാലേ എഴുന്നേൽക്ക ബാലേ എഴുന്നേൽക്ക ദൈവത്തിന്റെ സ്തോത്രം ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയെ എഴുന്നേൽപ്പിക്കുന്നതുപോലെ വിളിക്കുന്നത് പോലെ കർത്താവ് വിളിച്ചു ബാലയെ എഴുന്നേൽക്ക ദൈവത്തിന് സ്തോത്രം യേശു കുട്ടിയുടെ കൈക്ക് പിടിച്ചു ബാല ഉടനെ ബാല ഉടനെ എഴുന്നേറ്റ് നടന്നു അവൾ എഴുന്നേറ്റു മരിച്ചു കിടന്ന ആ ശവശരീരം എഴുന്നേറ്റു നടന്നു അവൾക്ക് പന്ത്രണ്ട് വയസ്സായിരുന്നു അവൾക്ക് പന്ത്രണ്ട് വയസ്സായിരുന്നു പ്രിയപ്പെട്ടവരെ അവൾക്ക് പന്ത്രണ്ട് വയസ്സായിരുന്നു നമുക്ക് അടുത്ത വാക്യം വായിക്കാം അവർ അത്യന്തം വിസ്മയിച്ചു ഇത് ആരും അറിയരുതെന്ന് അവൻ അവരോട് ഏറിയു അവൾക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണമെന്നും പറഞ്ഞു എന്റെ ദൈവത്തിന് സ്തോത്രം കർത്താവ് പറഞ്ഞു അവൾക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ മൂന്നാല് ദിവസമായി രോഗമായിട്ട് കിടക്കുന്നു അത്യാസനമായി കിടക്കുന്നു കഴിച്ചിട്ടില്ല നല്ല ക്ഷീണമുണ്ട് കൊച്ചിനൊരിതും കഴിക്കാൻ കൊടുക്ക് എന്റെ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ എന്റെ പ്രിയ സഹോദരങ്ങളോട് എനിക്കൊടുവിലായി ചില വാക്കിൽ കൂടി പറയാനുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആത്മാവ് മരിച്ചിരിക്കുന്നു പാപം മൂലം പാവം മൂലം ആത്മാവ് മരിച്ചിരിക്കുന്നു എന്നാൽ മരണത്തെ ജയിച്ചവൻ മരണത്തെ കീഴടക്കിയവൻ മരണത്തിന് ശേഷം ഉയർത്തെഴുന്ന ജീവിക്കുന്ന ക്രിസ്തു ഇന്ന് രാത്രി നിങ്ങളരികത്തേക്ക് വന്ന് നിങ്ങളോട് പറയുന്നു എഴുന്നേൽക്ക യേശു പറയുന്നു എഴുന്നേൽക്ക ബാല്യക്കാരായ എഴുന്നേൽക്കുക ബാലയെ എഴുന്നേൽക്കുക ലാസറയെ പുറത്തുവരിക മരിച്ചവരെ ഉയർപ്പിച്ച ക്രിസ്തു ഇന്ന് നിങ്ങളോട് പറയുകയാണ് മരണത്തിന്റെ ബാധ മാറ്റുവാൻ എന്റെ ദൈവത്തിന്റെ സ്തോത്രം ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തു എന്റെ ജീവിതത്തിൽ മരണത്തിന്റെ ബാധ ഒരിക്കലല്ല പലവർ ആവശ്യം എനിക്ക് തന്നു മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ ഹോവയ്ക്കുള്ളവ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഞാൻ കോളേജിലേക്കേ പോരുമ്പോൾ അത് ഞാൻ സ്കൂട്ടറിലാണ് പോരുന്നത് സ്കൂട്ടർ ഒരു ലോറിയുമായിട്ട് കൂട്ടിയിടിച്ചു എന്നെ കുലോറിക്കാരനെ എടുത്തുകൊണ്ടുവന്ന് മെഡിക്കൽ മെഷീനിലാക്കി അന്നാണ് ഈ ഡോക്ടർ എബ്രഹാംസാം അന്നീ മെഡിക്കൽ ഹോസ്പിറ്റലിലെ ഓർത്തോപേഡിക് സർജനാണ് അദ്ദേഹം എനിക്ക് ഒരു ഓപ്പറേഷൻ തന്നത് എന്റെ കാലിന്റെ മുട്ടിന്റെ ഭാഗത്ത് ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു കഠിന വേദനയിൽ ഞാൻ അന്ന് രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് ഓർക്കുന്നുണ്ട് വേദന മാറി പക്ഷേ പ്ലാസ്റ്റർ ഇട്ടതിന് ശേഷം ഒന്നര മാസം ഞാൻ കഠിനിന്മേൽ തന്നെയായിരുന്നു എന്നാലത് കഴിഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട് ഈ കോളേജിൽ അന്ന് താഴത്തെ നിലയിലും രണ്ടാമത്തെ നിലയിലും മുകളിലത്തെ മൂന്നാമത്തെ നിലയിലും എല്ലാം എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു പക്ഷേ രണ്ടാം നിലയിലേക്ക് മൂന്നാം നിലയിലേക്ക് എനിക്ക് കയറാൻ പറ്റുന്നില്ല ഗോവണി കയറാൻ പറ്റുന്നില്ല എന്റെ കാല് വഴങ്ങുന്നില്ല കഠിനമായ വേദന ഞാൻ ഓർക്കുന്നു ഞാൻ എന്റെ ക്ലാസ്സുകളെല്ലാം താഴോട്ടെ കൊണ്ടുവന്നു താഴോട്ട് കൊണ്ടുവന്ന് കാറിൽ വന്ന് നേരെ ക്ലാസ്സിലേക്ക് കയറും ക്ലാസ് എടുത്തിട്ട് വീണ്ടും ഉടനെ കാറിലേക്ക് കയറും സ്റ്റാഫ് റൂമിൽ പോയില്ല പ്രിയപ്പെട്ടവരെ പോർഷൻ തീർക്കാനുള്ളതുകൊണ്ട് എന്റെ ജോലി അരസമാകാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് തേട്ടയും സമയമായിരുന്നു അതുകൊണ്ട് ഞാൻ ആ ജോലി തീർക്കാൻ വേണ്ടി കോളേജിൽ വന്നുകൊണ്ടിരുന്നു എന്റെ ദൈവത്തിന് സ്തോത്രം നിങ്ങളോട് ഞാൻ പറയട്ടെ മരണത്തിൽ നികർത്താവിനെ രക്ഷിച്ചു അന്ന് എന്റെ ഡെഡ് ബോഡി മെഡിക്കലേഷനിൽ നിന്ന് വീട്ടിലെത്തുമെന്ന് പറഞ്ഞ് വീട്ടിൽ കാത്തു ആളുകളുണ്ട് അവിടെ അയൽക്കാരും നാട്ടുകാരും ചിലർ വീട്ടിൽ വന്ന് കാത്തു ഡെഡ് ബോഡി ഇപ്പോൾ വരുമെന്ന് അങ്ങനെയാണ് പരസ്യപ്പെട്ടിരുന്നത് എന്റെ സഹോദരങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി എന്നാൽ രണ്ടായിരത്തി നാലില് ഞാനും എന്റെ ഭാര്യയും കൂടെ ഞങ്ങൾ ഇംഗ്ലണ്ടിലെ കർത്താവിന്റെ ഇലയ്ക്ക് പോയതാണ് ഇംഗ്ലണ്ടിലെ മിഡിൽസ്പെറോ എന്ന് പറയുന്ന ഞങ്ങൾ പോകുകയായിരുന്നു കാർ ഓടിച്ചുകൊണ്ടുപോകുന്നത് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഡോക്ടർ കുര്യൻ ഫിലിപ്പിന്റെ ഭാര്യ ഷോ മോളുണ്ട് മോളുണ്ട് അന്ന് ഡോക്ടർ കുര്യനാണ് കാർ ഓടിച്ചുകൊണ്ടുപോകുന്നത് ഡോക്ടർ കുര്യന്റെ കാറിലാണ് പോകുന്നത് അഭിമന്യ മക്കാർ സുരിമേനി ഏതാണ്ട് ആ കാർ എവിടുത്തിൽപ്പെട്ടതിന് അടുത്ത സ്ഥലമാണെന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കാനിടയായി അവിടെ വലിയ കാർ അപകടം ഉണ്ടായി കരുണയുള്ള കർത്താവ് ക്രയ ചെയ്തു ഒരു പോറുമേൽക്കാതെ അവിടെ നിന്ന് രക്ഷിച്ചു ഒരു പോറൽ മേറ്റില്ല കാറിന്റെ ഒരു ഗ്ലാസിന് മാത്രം ഒരല്പം കുഴപ്പം പറ്റിയെന്ന് മാത്രം ഓടിക്കാൻ പ്രയാസം ഉണ്ടായില്ല സമയത്ത് വെടിയിലെത്തി അവിടെ ദൈവത്തിന്റെ വചനം പറഞ്ഞു കരുണയുള്ള കർത്താവിന് സ്തോത്രം ദൈവമക്കളെ നിങ്ങൾ പറയട്ടെ മരണത്തിന്റെ ബാധ മാറ്റാൻ യേശുവിന് കഴിയും സ്നേഹിത മരണത്തിന്റെ അരികത്തെത്തിയെന്നാണ് വിചാരം പേടിക്കേണ്ട മരണത്തിന്റെ ബാധ മാറ്റി നിന്നെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കാൻ കർത്താവായ കഴിയും ഇന്ന് രാത്രി ഈ ബാധകൾ മാറ്റുന്ന ക്രിസ്തു നിങ്ങളുടെ രീതിത്തേക്ക് വന്നിരിക്കുന്നു അപകടത്തിന്റെ ബാധയാകാം പൈശാചിക ബാധയാകാം അതല്ലെങ്കിൽ രോഗത്തിന്റെ ബാധയാകാം അതല്ലെങ്കിൽ മരണത്തിന്റെ ബാധയാകാം ബാധകൾ മാറ്റുന്ന ക്രിസ്തു ദൈവത്തിന് സ്തോത്രം അതിനെന്താണ് കർത്താവ് ചെയ്തത് അത് വീണ്ടും ഞാൻ പറഞ്ഞുകൊള്ളട്ടെ അതെനിക്ക് വർണ്ണിക്കാതിരിക്കാൻ വയ്യ എന്റെ കരുണയുള്ള കർത്താവ് എങ്ങനെയാണ് ബാധ മാറ്റുന്നത് അവന്റെ ക്രൂസിലെത്തിയാകെ മരണത്താൽ ത്യാഗത്താൽ ബാധമാറ്റി എന്റെ ദൈവത്തിന്റെ സ്തോത്രം യേശുവിന്റെ കുരിശിലാണ് ഞാൻ പ്രശംസിക്കുന്നത് യേ യേശുവിന്റെ കുരിശിലാണ് ഞാൻ ആശ്രയിക്കുന്നത് യേ യേശുവിന്റെ കുരിശിലെ മരണത്തിലാണ് ഞാൻ പുകഴുന്നത് അതിലാണ് എന്റെ പ്രശംസ അപ്പോ നായ പറഞ്ഞു എനിക്കോ നമ്മുടെ കർത്താവ യേശു ക്രിസ്തുവിന്റെ കുരിശിലല്ലാതെ പ്രശംസിപ്പാനിടവരരുത് അവനാ ലോകമെനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്നതിന്റെ ബഹുമാന്യ സഹോദരങ്ങൾ നിങ്ങൾ ഈ കുരിശിലെ രക്ഷ നിങ്ങൾ കൈവശമാക്കുമോ ഇന്ന് കടന്നുപോയാൽ എന്റെ നാഥ ഞാൻ നിന്റെ രാജ്യത്തിലെത്തും കർത്താവെ എന്റെ ആത്മാവിന്റെ മരണം മാറി ഞാൻ ജീവൻ പ്രാപിച്ചിരിക്കുന്നു ഇന്ന് ഞാൻ കടന്നുപോയാൽ ഞാൻ നിന്റെ നിത്യരാജ്യത്തിലെത്തും എന്നുള്ള ആ വിശ്വാസം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ആ ഉറപ്പ് നിങ്ങൾ കിട്ടുന്നുണ്ടോ എന്റെ ദൈവത്തിന്റെ സ്തോത്രം അതിന് നിങ്ങൾ ഒന്നേ ഒന്ന് മാത്രം മതി വേറൊന്നും വേണ്ട ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒറ്റയ്ക്കൊരു കാര്യം മാത്രം മതി എന്താണെന്നു കർത്താവെ ഇതുവരെ ഞാൻ പിശാജിന്റെ അടിമത്തത്തിൽ ജീവിച്ചു അപകടങ്ങളുണ്ടായി പിശാദിന്റെ ബാധകളുണ്ടായി എന്റെ ദൈവമേ രോഗത്തിന്റെ ബാധകളുണ്ടായി എന്റെ കരുണയുള്ള കർത്താവെ മരണത്തിന്റെ ബാധയും എന്നെ എന്റെ കുടുംബത്തെ അലട്ടി പ്രിയപ്പെട്ടവർ പെട്ടെന്ന് കടന്നുപോയി എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവര് എനിക്ക് ജീവനിൽ ജീവനായിരുന്നവർ ചിലര് പെട്ടെന്ന് കടന്നുപോയി കർത്താവെ ദുഃഖമുണ്ട് കർത്താവേ വ്യസനമുണ്ട് തീരവേദനയുണ്ട് എന്റെ ദൈവത്തിന് സ്തോത്രം എന്നാൽ ഒരു നാൾ ഒരു നാൾ രാജാധിരാജൻ മടങ്ങി വരുമ്പോൾ അവന്റെ സന്നിധിയിൽ നിങ്ങൾക്ക് അവനെതിരേൽപ്പാൻ പറന്നു ചെല്ലാൻ കഴിയും ദൈവത്തിന് സ്തോത്രം മധ്യാകാശത്തിലേക്ക് പറന്നുയരാൻ സ്നേഹിത നീ ഭയപ്പെടേണ്ട സ്നേഹിത നീ ഭാരപ്പെടേണ്ട ഇന്നേതെല്ലാം ബാധകളുണ്ടെങ്കിലും യേശു വീണ്ടും വരുമ്പോൾ അവിടെ പറന്നെത്തുന്നത് ബാധകൾ മാറിയായിരിക്കും എങ്ങനെ ബാധകൾ മാറും യേശു കുരിശിലെ മരണം നിന്റെ സ്വന്തം ജീവിതത്തിലേക്ക് നീ വഹിക്കണം യേശുവെ ഇന്നു മുതൽ എന്റെ നാഥ ഇന്നു മുതൽ ഞാൻ നിന്റെ എന്ന് പറയാൻ നിനക്ക് സാധിക്കണം എന്റെ കർത്താവെ ഇക്കാലം അത്രയും ഞാൻ പാപത്തിന് അടിമയായി ജീവിച്ചു ഇക്കാലം അത്രയും ഞാൻ പിശാചിന്റെ ഉൾപ്പെടിയിൽ ജീവിച്ചു എന്നാൽ ഇന്ന് നാഥ ഞാൻ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ നിന്നോടൊരു വാക്ക് പറയുന്നു യേശുവയെ ഇന്നു മുതൽ ഇന്നുമുതൽ ഞാൻ നിന്റെ വക എന്റെ നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും ഞാൻ ആ വാക്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ആ വാക്യ നിങ്ങൾക്ക് ഏറ്റവും അല്ല മൈക്കുള്ളവർ മൈക്കിൽ കൂടി തന്നെ പറഞ്ഞുകൊള്ളട്ടെ അല്ലാത്തവരവിടെ ഇരുന്ന് നിങ്ങളുടെ ഉച്ചത്തിൽ പറഞ്ഞുകൊള്ളട്ടെ എന്താണ് പറഞ്ഞു തരുന്നത് യേശുവേ ഞാൻ നിന്റെ വകായെന്നാണ് പറയാൻ പോകുന്നത് അങ്ങനെ തീരുമാനമുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി അപ്പോൾ ബാധകൾ മാറും അപ്പോൾ പൈശാചിക ബാധകൾ വിധ്വംസിക്കപ്പെടും അപ്പോൾ ജയമുള്ള സ്ലീവ നിങ്ങളുടെ നെറ്റിയിൽ കൊണ്ടുവന്ന് തൊഴിയിക്കും അപ്പോൾ മാലാഖമാർ നിങ്ങളെ തലോടാൻ അപ്പോൾ രാജരാജന്റെ തിരി രക്തം നിങ്ങളുടെ നെറ്റിയിൽ മുതിരയായി പതിയും ഹാലലോഹ്യ ദൈവത്തിന്റെ സ്തോത്രം ഹൃദയത്തിൽ നിങ്ങൾ ആ തീരുമാനം എടുക്കുന്നുവെങ്കിൽ ഹൃദയത്തിൽ ആ തീരുമാനം വരുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്നെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി ആരെയും ബോധിപ്പിക്കാൻ പറയേണ്ട ആരെയും കാണിക്കാൻ പറയണ്ട ഞാൻ ഈ വാക്യം പറഞ്ഞു തരാം കരുണയുള്ള കർത്താവേ ഇതുവരെ പിശാദിന്റെ അടിമത്വത്തിൽ ജീവിച്ചുപോയി പാപത്തിന്റെ ബാധയിൽ ജീവിച്ചുപോയി ഇന്ന് മുതൽ ഞാൻ എന്റെ യേശുവിനെ സ്വീകരിച്ച് യേശുവിന്റെ വകയായി ജീവിക്കും ഞാൻ ഇന്ന് മുതൽ യേശുവിന്റെ വക ഞാനിന്ന് മുതൽ യേശുവിന്റെ വക ഞാൻ ഇന്ന് മുതൽ യേശുവിന്റെ വക യേശുക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്ന് മുതൽ ഞാൻ യേശുക്രിവനായി ജീവിക്കും യേശു ക്രിസ്തു എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചതിനാൽ ഇന്ന് മുതൽ ഞാൻ യേശു ക്രിസ്തുവിനായി ജീവിക്കും യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഞാൻ ഇന്ന് മുതൽ യേശുക്രിസ്തുവിനായി ജീവിക്കും അങ്ങനെ തീരുമാനിക്കും മാത്രം കരങ്ങൾ ഉയർത്തിയാൽ മതിലുയേശു കാര്യം നിങ്ങളുടെ കരങ്ങളിൽ പിടിക്കട്ടെ യേശുവിന്റെ കാര്യങ്ങളെ പിടിച്ച് എഴുന്നേൽപ്പിക്കട്ടെ യേശുവിന്റെ കാര്യം യേശുവിന്റെ കാര്യം നിങ്ങളുടെ മാറ്റട്ടെ യേശുക്രിന്റെ കാര്യം തഴുകട്ടെ യേശു കൃഷ്ണന്റെ കാര്യം മാറ്റട്ടെ യേശുക്രിന്റെ കാര്യം ഭൂതബാധകൾ മാറ്റട്ടെ യേശു കൃഷ്ണന്റെ കാര്യം നിങ്ങൾ തരോടട്ടെ യേശുക്രിസ്ന്റെ തുടയ്ക്കട്ടെ അനുഗ്രഹിക്കട്ടെ അങ്ങനെ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിയവര് ഇപ്പോൾ കരങ്ങൾ താഴ്ത്തിക്കൊണ്ട് ഒന്ന് എഴുന്നേരി നിൽക്കുക കരങ്ങൾ താഴ്ത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ കഴിഞ്ഞിരിക്കാം അതിനുശേഷം നിങ്ങളുടെ വീശിക്കൊണ്ട് നിങ്ങൾ സ്തുതിക്കുക hallelujah hallelujah hallelujah hallelujah hallelujah hallelujah hallelujah hallelujah hallelujah hallelujah hallelujah karangaley thaaltheeduga avur thanne nilkuga karaneyulla karthave naadaayi karangal uyartiyavarum ezhuneri nilkuna varumayi niremakale avadnu kaanunnuvallo thirumane eduthe vare avadnu mudra gutiyallo karthave ibadagalagathiyallo vishwasathode manangi povan karma nalganame തുറന്ന് ഈ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ആശീവദിക്കണമേ അവിടുത്തെ ക്രമമക്കളെ പൊതിയണമേ തിരുനാമം വഹുത്തുപെടുത്തണമേ ദേശത്തെ അനുഗ്രഹിക്കണമേ ദേശത്തിലെ ദേവാലയങ്ങളെ അനുഗ്രഹിക്കണമേ പട്ടക്കാരെയും മേൽപട്ടക്കാരെയും അനുഗ്രഹിക്കണമേ സഭാ ഭേദം കൂടാതെ സമുദായ വ്യത്യാസം കൂടാതെ എല്ലാ സഭകളെയും സമുദായങ്ങളെ അനുഗ്രഹിക്കണമേ സുവിശേഷത്തെ വളർത്തണമേ സുവിശേഷം പ്രചരിക്കണമേ ക്രിസ്തുവിന്റെ കുരിശിനിയും ഉയർന്നു തന്നെ നിൽക്കണമേ ഈ കോളേജിനെയും കോളേജിന്റെ ഭരണാധികാരികളെയും അനുഗ്രഹിക്കണമേ കരുണയുള്ളകർത്താവേ ദേശത്തെവിടുന്നു വാഴ്ത്തണമേ ദേശത്തുനിന്ന് ശാപങ്ങൾ പോകട്ടെ യേശുവിന്റെ നാമത്തിൽ ദേശത്ത് നിന്ന് തിന്മകൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ ദേശത്ത് ഐശ്വര്യം വളരട്ടെ യേശുക്രിസ്തു മഹത്വം എടുക്കട്ടെ കരുണിയുള്ള കർത്താവ് ഏതിന് മക്കളെ അനുഗ്രഹിച്ചതിനായി യേശുക്രിസ്തുൻ രാജകീയ നാമത്തിൽ തന്നെ